എന്ന് വെച്ചാൽ ബ്രഹ്മവിദ്യയാണ് ബ്രഹ്മവിദ്യ രണ്ടാമത്തെ അധ്യായത്തിൽ കഴിഞ്ഞു പിന്നെയുള്ള അധ്യായങ്ങളൊക്കെ തന്നെ ആ ബ്രഹ്മവിദ്യയെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ അനുഭവിക്കാനായിട്ടുള്ള യോഗശാസ്ത്രമാണ് ബ്രഹ്മവിദ്യയും വളരെ ചുരുക്കമായിട്ട് ഒരേ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു നാസതോ വിദ്യത്തെ ഭാവ നാഭാവോ വിദ്യത്തെ സത ഉഭയോരഭിദൃഷ്ടോന്തനയോ തത്വദർശിപ്പി ആചാര്യ ഭഗവത്പാദര ഏറ്റവും അധികം ഭാഷ്യമെഴുതിയിരിക്കുന്ന ശ്ലോകങ്ങളിൽ ഒരു ശ്ലോകമാണിത് ബാക്കിയൊക്കെ ഗീതാഭാഷ്യമൊക്കെ കുറച്ചു കുറച്ചേ ഉള്ളൂ ഭഗവത്ഗീതാഭാഷ്യം ശങ്കരാചാര്യസ്വാമികളുടെ ഗീതാഭാഷ്യം എന്നൊക്കെ നമ്മൾ പറയുവെങ്കിലും ആചാര്യരുടെ ബ്രഹ്മസൂത്ര ഭാഷ്യമൊക്കെ വെച്ച് ഉപമിച്ചു നോക്കുമ്പോൾ നമുക്ക് തോന്നും ചെറിയ പയ്യനായിരിക്കുമ്പോ മറ്റുമൊക്കെ എഴുതി കൊടുത്തതാണോ എന്ന് തോന്നും ഭഗവത്ഗീതാഭാഷ്യം കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല ശ്ലോകങ്ങളൊന്നും അധികം വ്യാഖ്യാനിച്ചിട്ടില്ല ആചാര്യസ്വാമികൾ ചില പ്രധാന ശ്ലോകങ്ങൾ മാത്രം എടുത്തിട്ടാണ് ഗീതാഭാഷ്യത്തിൽ വിപുലമാക്കിയിരിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ കുറച്ചു കുറച്ച് അർത്ഥം മാത്രം പറഞ്ഞു പോണു ഉള്ളൂ ഗീതയും ഉപനിഷത്തുമൊക്കെ ബ്രഹ്മസൂത്രത്തിലാണ് ഇതിന്റെയൊക്കെ സാരം മുഴുവൻ വിശകലനം ചെയ്യണത് വിചാരണം ചെയ്യണത് ബാക്കിയൊക്കെ അങ്ങോട്ട് ചുരുക്കി പറഞ്ഞു അതേപോലെ ഭഗവാൻ വേദാന്തത്തിന്റെ മുഴുവൻ സാരവും ഈ ഒരു ശ്ലോകത്തില് അടക്കി നാ സതോ വിദ്യത്തെ ഭാവ നഭാവോ വിദ്യത്തെ സത ഇതാണ് കാര്യം ഉഭയോഹോ ഇത് എന്താ കാര്യം എന്ന് വെച്ചാൽ തത്വദർശിഭിഹി ദൃഷ്ട തത്വദർശികളായിട്ടുള്ള ജ്ഞാനികൾ ഇതിന്റെ രഹസ്യം കണ്ടെത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞു ഇവിടെ രണ്ടു വസ്തുവേ ഉള്ളൂ ഒന്ന് സ്വരൂപം ഒന്ന് സ്വഭാവം ഇതിപ്പോ മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ ഈ വാക്കെങ്കിലും ഉള്ളിൽ വെച്ചോളാം ഒന്ന് സ്വരൂപം ഒന്ന് സ്വഭാവം സ്വരൂപം സത്ത് സ്വഭാവം അസത്ത് അവന്റെ സ്വഭാവ ആൾ അസത്താണെന്ന് പറയുന്ന പോലെയല്ല സ്വരൂപം സത്ത് സ്വഭാവം അസത്ത് സ്വരൂപം ത്മ സ്വഭാവം ജഡം സ്വരൂപം ബോധം സ്വഭാവം ജഡം സ്വരൂപം ഈശ്വരൻ സ്വഭാവം ജഗത്ത് സ്വരൂപം പുരുഷൻ സ്വഭാവം പ്രകൃതി ഇത് രണ്ടും കൂടി പെണഞ്ഞുകിടക്കുന്നതിനാണ് നമ്മുടെ സംസാര ജീവിതം എന്ന് പറയുന്നത് സ്വരൂപത്തിനെ വേർപിരിക്കാൻ കഴിയണില്ല സ്വഭാവം മേലെ കാണപ്പെടുന്നു നമ്മളുടെ ശരീരം മനസ് ബുദ്ധി അഹങ്കാരം ഇതൊക്കെ സ്വഭാവം ഇതിനൊക്കെ പുറകിൽ മാറാതെ സാക്ഷി മാത്രമായി അറിവ് മാത്രമായി ഇതിനൊക്കെ വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കണത് സ്വരൂപം ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ലേ അത് കൊച്ചു കുട്ടികൾക്ക് കൂടെ മനസ്സിലാവും നമ്മളുടെ ശരീരം ശരീരത്തിന്റെ ഉള്ളിൽ മനസ്സ് അനേക വിചാരങ്ങൾ മനസ്സ് ആ മനസ്സിൽ ഇന്ന വിചാരം വരണു ഇന്ന വിചാരം വരാൻ പാടില്ല എന്നൊക്കെ വേർപിരിക്കുന്ന ഒരു ബുദ്ധി അതിന്റെ ഇടയിൽ പൊന്തിയും മറഞ്ഞും കൊണ്ടിരിക്കുന്ന അഹങ്കാരം ഇതിനെയൊക്കെ പുറകിലിരുന്ന് ഒരാൾ കണ്ടുകൊണ്ടിരിക്കുന്നു ആ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ മാത്രം ഇതിലൊന്നും പെടില്ല കാണപ്പെടുന്നതൊക്കെ പ്രകൃതി കാണുന്ന ആൾ പുരുഷൻ കാണപ്പെടുന്നതൊക്കെ ദൃശ്യം കാണുന്ന ആൾ ദൃക്ക് കാണുന്നവൻ സ്വരൂപം കാണപ്പെടുന്നതൊക്കെ സ്വഭാവം ഫിലോസഫിയൊന്നുമല്ലാതെ നമ്മളുടെ അനുഭവം ഞാനിപ്പോ വൈകുണ്ഠത്തിനെ വർണ്ണിച്ചാൽ അത് അനുഭവമല്ല അത് നമുക്ക് കാണാൻ പറ്റാത്തൊരു വിഷയം പക്ഷേ ഇത് നമ്മളുടെ അനുഭവം സ്വരൂപം മാറാതെ നിൽക്കുന്നത് അതിനെ സത്യം എന്ന് പറയാം സത്ത് സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കുന്നത് അത് മിഥ്യ മുക്തി എന്ന് വെച്ചാൽ എന്താണ് മോക്ഷം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ മോക്ഷം വൈകുണ്ഠത്തിൽ പോകലോ കൈലാസത്തിൽ പോകലോ ഒന്നുമല്ല ഇവിടെ തന്നെ സ്വരൂപത്തിനെ കണ്ടെത്തുക ഇപ്പൊ നമുക്ക് സ്വഭാവം മാത്രമേ അറിയപ്പെടുന്നുള്ളൂ ശരീരം അറിയുന്നു മനസ്സറിയുന്നു ബുദ്ധി അറിയുന്നു ആത്മ അറിയപ്പെടുന്നില്ല അഥവാ അനുഭവപ്പെടുന്നില്ല ശരീരത്തിനെ അനുഭവിക്കുന്നുണ്ട് മനസ്സിനെ അനുഭവിക്കുന്നുണ്ട് ബുദ്ധിയെ അനുഭവിക്കുന്നുണ്ട് ബോധത്തിനെ ഇന്നതെന്ന് കാണുന്നില്ല മുക്തി എന്ന് വെച്ചാൽ ഇവിടെ ബോധത്തിനെ കണ്ടെത്തുക ബോധത്തിനെ കണ്ടെത്തിയാൽ നമ്മളുടെ ശരീരവും മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഒക്കെ തന്നെ ആ ബോധത്തിൽ പൊന്തിമറയുന്ന വെറും അലകൾ കുമളകൾ ഇവിടെ ആ ബോധം മാത്രമേ ഉള്ളൂ ആ ചൈതന്യം മാത്രമേ ഉള്ളൂ ആ ചൈതന്യത്തിൽ വെറും അല പോലെ സമുദ്രത്തിൽ അല പോലെ പൊന്തിമറയുന്ന കുറെ നാമരൂപങ്ങളെയാണ് നമ്മള് ശരീരം എന്നും മനസ്സെന്നും ബുദ്ധിയെന്നും അഹങ്കാരം എന്നൊക്കെ പറയണത് എന്ന് അനുഭവം കൊണ്ട് കാണാൻ കഴിയും വെറും യുക്തി കൊണ്ടല്ല അനുഭവം കൊണ്ട് കാണാൻ കഴിയും അങ്ങനെ അനുഭവം കൊണ്ട് കണ്ടാൽ സ്വരൂപം മാത്രമേ ഉള്ളൂ സ്വഭാവം ഇല്ല എന്നറിയും സ്വഭാവം ഒഴിഞ്ഞു പോവും എന്നുവെച്ചാൽ ഈ വാസനകളൊക്കെ ഒഴിഞ്ഞു പോവും മുക്തിഹി സ്വരൂപേണ അവസ്ഥിതിഹി സ്വരൂപം മാത്രമേ ഉള്ളൂ സ്വഭാവം ഇല്ല എന്നുവെച്ചാൽ ആത്മാവിനെ കണ്ടെത്തിയാൽ സർവവും ബോധമയം ചൈതന്യമയം ആത്മമയം ആത്മാവല്ലാതെ ഒന്നുമില്ല ഈശ്വരമയം ഈശാവാസ്യം ജഗത്യാ ജഗത് തേന തൃക്തേന ഭുഞ്ജീഥ മാഗൃധ കിദ്ധനം ശ്രീമദ്ഭാഗവതം ഈ മന്ത്രത്തിനെ ആത്മാവാസ്യമിതം വിശ്വം എന്ന് മാറ്റി ഉപനിഷത്ത് ഈശാവാസ്യം എന്ന് പറഞ്ഞപ്പോ ഉപനിഷത്ത് എവിടെയൊക്കെ ആത്മാ എന്ന് പറഞ്ഞു അവിടെയൊക്കെ ഭാഗവതം ഈശ്വരൻ എന്ന് പറഞ്ഞു ഭാഗവതം എവിടെയൊക്കെ ഈശ്വരൻ എന്ന് പറഞ്ഞു അവിടെയൊക്കെ ഉപനിഷത്ത് ആത്മാ എന്ന് പറഞ്ഞു ഉപനിഷത്ത് ഒരിടത്ത് ഈശ്വരപദം പ്രയോഗിച്ചപ്പോ ആ സ്ഥലത്ത് ഭാഗവതം ആത്മാ എന്നുള്ള പദം പ്രയോഗിച്ചു എന്തിനാന്ന് വെച്ചാൽ ഈശ്വരനും ആത്മാവും ഒന്ന് ആത്മാവിനെ കണ്ടെത്തിയാൽ ഈശ്വരനെ കണ്ടെത്തി ആത്മാവിനെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഈശ്വരനെ കണ്ടെത്തിയിട്ടില്ല ഏതൊക്കെ രൂപത്തിൽ ഈശ്വരൻ മുമ്പില് പ്രകാശിച്ചാലും അതൊന്നും വാസ്തവമല്ല വന്നിട്ട് പോകും പല രൂപത്തിലും ഈശ്വരം വരും പക്ഷെ ആ വരുന്ന രൂപമൊക്കെ ഒരു കാലത്ത് വരും മറന്നു പോകും യഥാർത്ഥത്തിലുള്ള ഈശ്വരൻ ഒരിക്കലും വന്നിട്ടു പോകുന്ന ആളല്ല എപ്പോഴും ഉള്ള വസ്തു നഷ്ടപ്പെടാത്ത വസ്തു സാക്ഷിയായിട്ടുള്ള വസ്തു അതായത് നമ്മളുടെ ഉള്ളിലുണ്ട് അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമ ഈ കാണുന്ന പ്രപഞ്ചത്തിനെയൊക്കെ കാണുന്ന ഈ രണ്ട് കണ്ണുകള് ഈ കണ്ണിന് പുറകില് മനമാകുന്ന കണ്ണ് മനസ്സുണ്ടെങ്കിലേ ഈ കണ്ണുണ്ടായാലും പ്രയോജനമുള്ളൂ ഇത്രയൊക്കെ വ്യക്തമായിട്ട് നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛനൊക്കെ പറഞ്ഞു തന്നിട്ട് നമുക്ക് മനസ്സിലായില്ലെന്ന് വച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഹരിനാമ കീർത്തനത്തിൽ ചതുശ്ലോകി ഭാഗവതം പോലെയാ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഓംകാരമായ മൂന്നായി പിരിഞ്ഞുടനെ ആംകാരമായി അതിനു താൻ തന്നെ സാക്ഷിയാത്തു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമ ഓങ്കാരമായ പൊരുൾ എന്ന് വെച്ചാൽ ബ്രഹ്മം ഒരേ പരമവസ്തു ഈശ്വരൻ മൂന്നായി പിരിഞ്ഞു എന്നാണ് മൂന്നായി പിരിഞ്ഞു എന്ന് വെച്ചാൽ അജ്ഞാനം കൊണ്ട് അജ്ഞാനം കൊണ്ട് അനിർവചനീയമായ മായ കൊണ്ട് മൂന്നായിട്ട് പിരിഞ്ഞു മൂന്ന് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാത്തിലും നോക്കാൻ നമ്മുടെ അനുഭവത്തിൽ മൂന്നെണ്ണം നിൽക്കണം ഒന്ന് ജഗത്ത് ഒന്ന് ഞാൻ എന്നെ നിയന്ത്രിക്കണ ഒരാള് പ്രപഞ്ചത്തിൽ ഏത് മതത്തിനെടുത്താലും എല്ലാ മതത്തിലും ഈ മൂന്നെണ്ണത്തിനെക്കുറിച്ച് പറയണം ജീവനെക്കുറിച്ചും പറയണം ഈ ലോകത്തിനെക്കുറിച്ചും പറയണം ഈശ്വരനെക്കുറിച്ചും പറയണം അതുകൊണ്ട് അറിവില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പല കഥകളും മതങ്ങൾക്ക് കെട്ടേണ്ടി വരുന്നു അറിവില്ലാത്തവർക്ക് വേണ്ടി പല കഥകളും പറയേണ്ടി വരുന്നു ഈ ലോകം എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ ഒരു മതത്തിൽ പറഞ്ഞു ഏഴു ദിവസം കൊണ്ട് പടച്ചവൻ പടച്ചു മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടു എന്തും മെനക്കെട്ട പണിയാ അല്ലെ ബ്രഹ്മാവ് മണ്ണ് കൊണ്ട് ഓരോരുത്തരെ ആയി പിടിച്ച് പിടിച്ച് ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയിടുമ്പോ അദ്ദേഹം മറന്നുപോയി ഒരു ദിവസം നാരദർ ബ്രഹ്മാവിനെ കാണാൻ പോകുമ്പോ ബ്രഹ്മാവ് വളരെ വിഷമിച്ചിരിക്കാത്രെ നാരദർ ചോദിച്ചു എന്താ അച്ഛ വിഷമം ബ്രഹ്മാവ് പറഞ്ഞു ഒന്നും പറയണ്ട നാരദ ഞാനിങ്ങനെ ഉണ്ടാക്കി ഇടുമ്പോ രണ്ടു മൂന്നെണ്ണത്തിന്റെ തലയില് ഈ ബുദ്ധി വെക്കാൻ മറന്നുപോയി അതിങ്ങനെ പിടിച്ചു പിടിച്ചു ഇടുമ്പോഴേ നാരദന്റെ അടുത്ത് പറഞ്ഞു ഒന്നു പോയി നോക്കിയിട്ട് വരൂ അവരൊക്കെ പാവം വിഷമിക്കുന്നുണ്ടാവും നാരദൻ ഭൂമിയിലേക്ക് ഒന്ന് പോയിട്ട് വന്നിട്ട് പറഞ്ഞു അച്ഛ പേടിക്കുകയേ വേണ്ട അവരൊക്കെ രാഷ്ട്രീയക്കാരായിട്ട് മന്ത്രിമാരായിട്ടൊക്കെ ഇരിക്കുന്നത് യാതൊരു വിഷമമില്ല അവരാണ് ഏറ്റവും സുഖമായിട്ട് ഇരിക്കണ ഭൂമിയിൽ എന്നാണ് അപ്പൊ ഇട്ടു എന്നാണ് ഏഴു ദിവസം കൊണ്ട് അങ്ങനെയും പറഞ്ഞു വേറൊരു അടുത്ത് പറഞ്ഞു വേറൊരാൾ പറഞ്ഞു ലോകമുണ്ടാവട്ടെ എന്ന് ഭഗവാൻ പറഞ്ഞപ്പോ ഉണ്ടായി നമ്മളുടെ ഉപനിഷത്ത് ഒരിടത്ത് പറഞ്ഞു ആകാശത്തിൽ നിന്നും ആത്മാവിൽ നിന്ന് ആകാശമുണ്ടായി ആകാശത്തിൽ നിന്നും വായുവുണ്ടായി വായുവിൽ നിന്നും അഗ്നി ഉണ്ടായി അഗ്നിയിൽ നിന്നും ജലമുണ്ടായി ജലത്തിൽ നിന്നും ഭൂമിയുണ്ടായി ഭൂമിയിലെ ഓഷധികളുണ്ടായി ഓഷധികളെ ഭക്ഷിച്ചു പുരുഷനുണ്ടായി സേതസ്മാത് ആത്മന ആകാശസംഭൂത ആകാശാ വായു വായോരഗ്നി അഗ്നേരാപ അദ്ഭ്യ പൃഥിവീ പൃഥി ഓഷധയ അന്നം അന്നാത് പുരുഷ സവായേഷ പുരുഷോ അന്നരസമയ ഇങ്ങനെ പടിപ്പടിപ്പടിയായിട്ട് പറഞ്ഞു ഇത്രയുമൊക്കെ പറഞ്ഞിട്ട് ഇനി പലതരത്തിലും പറഞ്ഞു ജഗത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് അതേപോലെ ഈശ്വരനെക്കുറിച്ചും പറയണം ഈശ്വരൻ ആരാണ് ഈ സൃഷ്ടിക്കുന്ന ആളാണ് ഈശ്വരൻ അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ടാവും അദ്ദേഹത്തിന് വർണ്ണിക്കാൻ പറ്റില്ല സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് പറഞ്ഞു മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ശംഖചക്ര ഗതാപാണിയായി ഒരു രൂപം കൊടുത്തു പല രീതിയിൽ രൂപങ്ങൾ കൽപ്പിച്ചു അവരവർ അവരവർക്കറിയണ പോലെയൊക്കെ അതേ അനേക മതങ്ങളിൽ അനേക രൂപങ്ങൾ അതേപോലെ ജീവൻ ജീവന്റെ പുണ്യം പാപം നരകം ഇങ്ങനെയൊക്കെ കൽപ്പിച്ചു ഇതൊക്കെ തന്നെ ആചാര്യസ്വാമികൾ പറയണത് ഈ മതങ്ങൾ പറയുന്ന ഈ കഥകളൊക്കെ തന്നെ ഉറങ്ങാൻ കിടക്കണ കുട്ടി അമ്മയോട് പറഞ്ഞു അത്ര അമ്മയെ എനിക്കൊരു കഥ പറഞ്ഞു തരൂ അപ്പൊ അമ്മ ഉറങ്ങണ കുട്ടിയോട് കഥ പറഞ്ഞു കൊടുത്തു ഒരു നാട്ടില് ഒരു വന്ധ്യ ഉണ്ടായിരുന്നു വന്ധ്യ എന്ന് വെച്ചാൽ കുട്ടികളുണ്ടാവാത്ത സ്ത്രീ ആ സ്ത്രീക്ക് കുട്ടികൾ ഉണ്ടാവാൻ പറ്റില്ല പക്ഷെ ആ വന്ധ്യയ്ക്ക് മൂന്ന് കുട്ടികളുണ്ടായി അതിലൊരു കുട്ടി ജനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒരു കുട്ടി ഗർഭത്തിൽ പ്രവേശിച്ചിട്ടേ ഒരു കുട്ടി ഗർഭത്തിന് പുറത്തു വന്നിട്ടേ ഈ മൂന്ന് കുട്ടികളും കൂടെ ഒരിക്കൽ ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു അവർ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുമ്പോ ആകാശം കൊണ്ടുണ്ടാക്കി ഒരു വസ്ത്രമുടുത്തു ആകാശത്തിൽ പൂത്ത പൂക്കൾ തലയിൽ വെച്ചു മൊയലിന്റെ കൊമ്പുകൊണ്ട് ഒരു വില്ലുണ്ടാക്കി അത് കയ്യിൽ പിടിച്ചു എന്നിട്ട് കൊമ്പുള്ള കുതിരയുടെ മേലെ കയറി അങ്ങനെ പോയി പോകുമ്പോൾ ഒരു വലിയ മരുഭൂമി ആ മരുഭൂമിയില് ധാരാളം വൃക്ഷങ്ങളും ഒരു തടാകം നിറയെ വെള്ളവും ആ തടാകത്തിൽ ഇറങ്ങി ഇവർ കുളിച്ചു ഇങ്ങനെയൊക്കെ കഥ പോയിക്കൊണ്ടേ കുട്ടിയോ രസിച്ചും രസിച്ച് രസിച്ചു ഉറങ്ങി അമ്മയ്ക്ക് എന്ത് വേണം കുട്ടി ഉറങ്ങണം കഥ വാസ്തവാണോ അല്ലയോ എന്ത് വേണം കഥ പറഞ്ഞുകൊടുത്തു കുട്ടി ഇതുപോലെയാണ് ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും മറ്റുമൊക്കെ നമുക്ക് കഥ പറഞ്ഞു തരണതാണ് ഉദ്ദേശം കുട്ടിയെ ഉറക്കണ പോലെ ഉദ്ദേശം നമ്മളുടെ മനസ്സിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഏകാഗ്രപ്പെടുത്തി കൊണ്ടുവരാൻ വാസ്തവത്തിൽ ഇല്ലാത്തൊരു വസ്തുവിന് എന്ത് കഥയുണ്ടാക്കാൻ പ്രപഞ്ചത്തിനെ പ്രപഞ്ചത്തിന്റെ വാസ്തവികത കണ്ടുപിടിക്കാൻ ഒരേ വഴിയേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിനെ കാണുന്നവൻ ആര് അവൻ അവന്റെ വാസ്തവികത അറിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ വാസ്തവികത അറിഞ്ഞു പ്രപഞ്ചം എന്ന് പറയുന്നത് സ്വഭാവമാണ് പ്രകൃതിയാണ് പ്രകൃതിക്ക് തന്നെത്താൻ ഒരു അസ്തിത്വമില്ല പ്രകൃതിയുടെ അസ്തിത്വം മുഴുവൻ പ്രകൃതിയെ കാണുന്ന ആളുടെ അസ്തിത്വമാണ് പ്രകൃതിയെ കാണുന്നവന്റെ അസ്തിത്വമാണ് പ്രകൃതിയുടെ എന്നല്ലാതെ പ്രകൃതിക്കായിട്ട് ഒരു അസ്തിത്വമില്ല നമ്മൾ ഇത്ര കണ്ട് ഉണ്മ എന്ന് പറഞ്ഞ് നമ്മൾ വാദിക്കുന്ന ഈ പ്രപഞ്ചമുണ്ടല്ലോ നമുക്കൊരു രീതിയിൽ കാണപ്പെടുന്നു കാണുന്നു കേൾക്കണു മണക്കണു രുചിക്കണു സ്പർശിക്കണു ഇതല്ലോ നമ്മുടെ ഒരു ഈ അഞ്ചനുഭവത്തിനെയാണ് നമ്മൾ ലോകം എന്ന് വിളിക്കുന്നത് പക്ഷെ വേറെ ചില ജീവികളുണ്ട് ഏകകോശ ജീവികളുണ്ട് ഒരു ഇന്ദ്രിയം മാത്രമുള്ള ജീവികളുണ്ട് അവർക്ക് നമ്മളെ പോലെയൊന്നും കണ്ടും കേട്ടും മണത്തും രുചിച്ച ഒരു ലോകമില്ല അവർ കാണുന്ന ലോകമേ വേറെ സസ്യങ്ങൾക്കും ജീവനുണ്ട് സസ്യങ്ങൾ കാണുന്ന ലോകം നമ്മൾ കാണുന്ന ലോകമല്ല അവർ കാണുന്ന ലോകമേ വേറെ അവരുടെ അനുഭവമേ വേറെ ഇവിടെ ആരും പറയുന്നത് ഉണ്മാ കണക്കാക്കും ചില ചെറിയ ചെറിയ പ്രാണികളുണ്ട് ഒരിക്കൽ മുട്ടയൊട്ടാൽ ലോകത്തിലുള്ള സകല പേരുടെയും പോപ്പുലേഷൻ കൂട്ടിയാൽ ഒന്നിച്ചുള്ള പോപ്പുലേഷൻ ഒരു പ്രാവശ്യം മുട്ടയിട്ടുണ്ടാക്കോവരും അങ്ങനത്തെ ചെറിയ ജീവികളുണ്ട് തമാശല്ല വാസ്തവമായിട്ടോ എലക്ഷൻ വെച്ചാൽ അവരായിരിക്കും ജയിക്കുക അവരിൽ ഒരാൾ വോട്ട് ചെയ്താൽ മതി നമ്മൾ തോറ്റുപോവും നമ്മളുടെ ലോകമൊക്കെ കള്ളമാണെന്ന് അവര് പറയും അപ്പോ അവര് കാണുന്ന ലോകമേ വേറെ ആര് കാണുന്ന ലോകമാണ് ഇവിടെ സത്യം ആരാഞ്ഞു നോക്കിയാൽ ഉത്തരം കണ്ടെത്താൻ പറ്റില്ല എല്ലാവരും എന്തോ ഒരു അത്ഭുതത്തിനെ ഒരു കെട്ടുകഥയെ കണ്ടുകൊണ്ടിരിക്കണോ പിന്നെ ഇവിടെ വാസ്തവമായിട്ടൊന്നുമില്ലേ എന്ന് വെച്ചാൽ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഈശ്വരൻ ഈശ്വരൻ മാത്രം ഉണ്മ ഈശ്വരന്റെ വൈഭവത്തിനെ കണ്ട് മോഹിച്ചു പോയരുത് ഈശ്വരനെ കണ്ടെത്തണം അല്ലെങ്കിൽ ഇതിങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടില്ല ഒന്നായ വസ്തു ജഗത്തും ജീവനും ഈശ്വരനുമായി മൂന്നായി പിരിഞ്ഞു ഉടനെ അഹങ്കാരമായി അഹങ്കാരം എന്ന് വെച്ചാൽ അഹങ്കാരം ഈ അഹങ്കാരം ജീവൻ ജഗത്ത് ഈശ്വരൻ ഈ മൂന്നായി പിരിഞ്ഞു അതിനു താൻ തന്ന സാക്ഷി ഇതിനൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷി ഉള്ളിലുണ്ട് താൻ തന്ന സാക്ഷിയതു ഈ സാക്ഷിയെ വിട്ടിട്ടാണ് അഹങ്കാരത്തിനെ താനെന്ന് കരുതുന്നു അഹങ്കാരത്തിനെ നിയന്ത്രിക്കുന്ന പ്രകൃതി ശക്തിയെ ഈശ്വരൻ എന്ന് കരുതുന്നു പ്രകൃതിയെ വാസ്തവം എന്ന് കരുതുന്നു എന്നിട്ട് ഈ അഹങ്കാരം ഇതിൽ പെട്ടു വലയണം ഇതിന് എവിടെയാ രക്ഷ എന്ന് വെച്ചാൽ സാക്ഷിയെ ബോധം വരണം സാക്ഷിയെ കണ്ടെത്തുക വെച്ചാൽ സാക്ഷിയെ ബോധം വരണം ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ ഭഗവാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സദ്ഗുരുവിന്റെ രൂപത്തിൽ വന്ന് നീ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പരമസത്യം പ്രപഞ്ചത്തിന് മുഴുവൻ മൂലകാരണമായിട്ടുള്ള വസ്തു നീ തന്നെയാണ് തത്വമസി ആ പ്രപഞ്ചത്തിന് മുഴുവൻ അധിഷ്ഠാനമായ വസ്തു നീ തന്നെയാണ് നിന്നിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ അധ്യസ്ഥമായിട്ടിരിക്കുന്നത് തന്നെ കണ്ടെത്തൂ എന്ന് പറഞ്ഞു ആ സാക്ഷിയെ കണ്ടെത്തിയപ്പോൾ പ്രപഞ്ചവുമില്ല ഇവിടെ ജീവനുമില്ല ജഗത്തുമില്ല ഈശ്വരനുമില്ല ബ്രഹ്മം മാത്രം പരമാത്മാ മാത്രം ഈശ്വരൻ ഒരാളുണ്ടെങ്കിൽ ഭരിക്കാൻ ഒരാൾ വേണം ഈശ്വരൻ എന്ന് വെച്ചാൽ ഭരിക്കുന്ന ആളെന്നാണ് അർത്ഥം ഭരിക്കുന്ന ആള് ആരും ഭരിക്കാൻ രാശി രാജ്യത്തിലൊരാളും ഇല്ലെങ്കിൽ പിന്നെ ആരെ ഭരിക്കും എല്ലാം താൻ തന്നെ അപ്പൊ അതിന് ഈശ്വരൻ അപ്പൊ പേരില്ല പരമാത്മാ പേര് ബ്രഹ്മം പേര് അപ്പൊ ബ്രഹ്മം മാത്രമേ അവിടെ ഉള്ളൂ അജ്ഞാനം കൊണ്ട് ഏകവും അദ്വയവുമായ ബ്രഹ്മത്തിനെ അഹങ്കാരമായിട്ടും ജഗത്തായിട്ടും നിയന്ത്രാവായിട്ടും കണ്ടു അതാണ് ഒന്നായ നിന്ന ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരു ഇണ്ടൽ ബതം ഉണ്ടാവതല്ല മമാ ഒന്നിനെ രണ്ടെന്ന് കണ്ടാൽ രണ്ട് നാച്ചുറലി മൂന്നാമതൊരു വസ്തുവിനെ കൊണ്ടുവരും രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ആ രണ്ടെണ്ണത്തിന് നിൽക്കാനായിട്ട് ഒരു മൂന്നാമതൊരു വസ്തു കൂടിയേ പറ്റും ഒരു സ്പേസ് കൂടിയേ പറ്റും അപ്പൊ രണ്ട് വന്നാൽ മൂന്ന് വരും പിന്നെ അനന്ത കൽപ്പനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ ഈ രണ്ടാമതൊരു വസ്തുവിനെ സമ്മതിച്ചാൽ രണ്ടാമതൊന്നുണ്ടെന്ന് തോന്നിയാൽ ഹരിനാമകീർത്തനത്തിൽ തന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ തന്നെ പറയണു ഈശ്വരനടക്കം തന്നിൽ നിന്ന് ഭേദമായിട്ട് എവിടെയോ ഉണ്ടെന്ന് വിചാരിക്കും തോറും മരണത്തിൽ നിന്ന് മരണം മരണത്തിൽ നിന്ന് മരണം പോയിക്കൊണ്ടിരിക്കണം മത്പ്രാണനും ഞാനെന്നും ഈശ്വരനെന്നും പിളർന്നളവ് ജ്ഞാനദ്വയങ്ങൾ ഉണ്ടിതു മഹാമോഹം നിമിത്തം അതു പോകും പ്രകാരം ഇത് ചേതസ്സിലാഖ ഞാനെന്നും ഈശ്വരനെന്നും പിളർന്നളവ് ഞാൻ വേറെ ഭഗവാൻ വേറെ ഭഗവാൻ എവിടെയോ ഇരിക്കണു ഞാനിവിടെ ഇരിക്കണം ആ അജ്ഞാനം എത്ര കാലമുണ്ടോ അത്രയും കാലം മൃത്യോഹോ സമൃത്യുമാപ്പുനോതി യൈഹനാനേവ പശ്യതി മരണത്തു നിന്ന് മരണം മരണത്തു നിന്നും മരണം മരണം ജനനം ചക്രം നിലയ്ക്കേയില്ല ശാശ്വതമായ ശാന്തി വരികയേയില്ല എപ്പോഴാണോ മത്പ്രാണനും പരനും ഒന്നെന്നുറപ്പവർക്ക് തത്പ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലത് കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമ സ്വപ്നത്തിൽ അനേക ദുഃഖങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കണ്ടു സ്വപ്നത്തിൽ ദുഃഖം എന്താ പരിഹാരം നമ്മുടെ സ്വപ്നത്തിലെ ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്നു എനിക്ക് മഹാവിഷമായിട്ട് ഞാൻ സ്വപ്നത്തിൽ ഇവിടെ പ്രഭാഷണത്തിൽ വന്നു വീട്ടിൽ ഒരുപാട് കഷ്ടാണ് ഇവിടെ കേൾക്കാമെന്നവരോടൊക്കെ ഞാൻ ഒരു ഈ രണ്ടു ഉറുപ്പ കടം ചോദിക്കുകയാണ് നിങ്ങൾ ആരും തരണില്ല ഞാൻ എല്ലാവരോടും പറയുന്നു ഇത്രയുമൊക്കെ നിങ്ങളുടെ അടുത്തൊക്കെ പ്രഭാഷണമൊക്കെ ചെയ്തിട്ട് എനിക്ക് വീട്ടിലൊരു കഷ്ടം വന്നപ്പോ നിങ്ങൾ പണം തരണില്ലല്ലോ എന്ന് ഇങ്ങനെ കുറെ കരഞ്ഞു നിലവിളിച്ചു ഇങ്ങനെ വിഷമിച്ച് വിഷമിച്ച് കട്ടിൽ നൂരുണ്ടു ചോട്ടിൽ വീണു അപ്പോഴാണോ മനസ്സിലായത് ഓ സ്വപ്നമായിരുന്നു അപ്പൊ കടവുമില്ല നിങ്ങളുടെ അടുത്ത് ചോദിക്കലും ഇല്ല നിങ്ങളാരും ഞാൻ സുഖമായിട്ട് അത്യാവശ്യം ബാങ്ക് ഡെപ്പോസിറ്റോടുകൂടെ കടന്നുറക്കുകയാണ് അപ്പോഴാണ് ഈ കടമായിട്ട് വിഷമിച്ച പോലെ കണ്ടത് അപ്പൊ ഈ സ്വപ്നത്തിലുള്ള കടത്തിന് എന്താ പരിഹാരം പൈസയൊന്നും വേണ്ട എഴുന്നേറ്റാൽ പൈസയൊന്നും ആരുടെ അടുത്തു നിന്നും സ്വപ്നം വിട്ട് എഴുന്നേറ്റാൽ ഇവിടെ കടവും കടങ്കാരനും ഒന്നുമില്ല അതേപോലെ ഈ സംസാരത്തിലുള്ള ദുഃഖത്തിന് പരിഹാരം കർമ്മമൊന്നുമല്ല ഒരു കർമ്മം കൊണ്ടും പരിഹാരമില്ല ജ്ഞാനം തന്നെ കണ്ടെത്തിയാൽ മത്പ്രാണനും പരനും ഒന്നെന്നുറപ്പവർക്ക് തത്പ്രാണ തത്പ്രാണദേഹവും അനിത്യം കളത്രധനം തന്റെ ഭാര്യ കുട്ടികൾ വീട് ഇതുമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രോബ്ലം ഒക്കെ അനിത്യം ഒക്കെ പോയി സ്വപ്നാദിയിൽ പലത് കണ്ടിട്ട് ഉണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായനം സ്വപ്നത്തില് പലതുണ്ടെന്ന് കണ്ടു എന്നിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോ താൻ മാത്രമേ ഉള്ളൂ സ്വപ്നത്തിൽ ആനയോടിച്ചതായിട്ട് കണ്ടു മരത്തിന്റെ മേലെ കയറി വീട്ടിന്റെ ഉള്ളിൽ കണ്ടു വീട്ടിന്റെ ഉള്ളിലൊക്കെ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ സ്വപ്നം ഉണർന്നാൽ ആനയും ഇല്ല ഇവിടെ ഓട്ടവും ഇല്ല ഒന്നുമില്ല സുഖമായിട്ട് കിടക്കുക അജ്ഞാനത്തിൽ പല ദുഃഖമുണ്ടാവും അതൊക്കെ തന്നെ തന്റെ സ്വരൂപം കണ്ടെത്തിയാൽ സ്വപ്നം മറയുന്ന പോലെ മറഞ്ഞു ഒക്കെ മറഞ്ഞു പോവും ഒക്കെ വാസനകൾ ഉണ്ടാക്കുന്ന വിഷമങ്ങൾ വാസന വിട്ടുപോയാൽ പോകും ആത്മാവിനെ കണ്ടെത്തിയാൽ ദുഃഖമൊക്കെ അകന്ന് കിട്ടും ആത്മാവിനെ കണ്ടെത്തിയാൽ ജ്വരം അകന്ന് കിട്ടും ഇതൊരു ജ്വരമാണെന്നാണ് ഉപനിഷത്ത് പറഞ്ഞത് ഈ അജ്ഞാനം എന്നൊരു ആത്മാനം ചേ വിജാനീയാ അയമസ്മീതി പൂരുഷ കിമിച്ചൻ ശരീരം അനുസഞ്ജ്വരേത് ഈ ശരീരമാവുന്ന ജ്വരത്തിനെ പിന്നെ എന്തിനു പേടിക്കണം ആത്മാവിനെ കണ്ടെത്തിയവന് പിന്നെ എന്ത് വിഷമം അപ്പോ സകല ദുഃഖത്തിനും പരിഹാരം ആത്മാവിനെ കണ്ടെത്തലാണ് ആത്മാസ്വരൂപം ആ സ്വരൂപത്തിനെ ദർശിക്കാൻ തടസ്സമായിട്ട് ഇവിടെ നിൽക്കുന്നത് എന്താണ് സ്വഭാവം സ്വഭാവം എന്ന് വെച്ചാൽ മനസ്സ് വാസന തൽക്കാലത്തേക്ക് നമ്മളുടെ നേച്ചർ നമ്മളുടെ നേച്ചർ അല്ലാതെ പക്ഷെ നമ്മൾ തൽക്കാലത്തേക്ക് പറയുന്നത് എന്താണ് അതയാളുടെ നേച്ചറാണോ എന്ന് പറയും അത് വാസ്തവത്തിൽ നമ്മളുടെ നേച്ചറല്ല വാസ്തവത്തിൽ രാഗം ദ്വേഷം കാമം കോപം ഇതൊന്നും നമ്മളിൽ ഇല്ലേയില്ല സ്വപ്നത്തിൽ കണ്ടതൊന്നും ഇല്ല എന്ന് നമുക്കറിയാലോ എഴുന്നേൽക്കുമ്പോ അതേപോലെ തന്നെ ജാഗ്രത്തിൽ വെറുതെ ഒരു സ്വപ്നം ഉള്ളിൽ തോന്നുകയാണ് വാസ്തവത്തിൽ എവിടെയാ ഉള്ളത് ഒന്നുമില്ല കോപം തോന്നണെന്ന് വെച്ചാൽ എന്താ എന്തിനു പ്രാമുഖ്യം കൽപ്പിക്കണം സ്വപ്നത്തിൽ ആരോടെങ്കിലും കോപം തോന്നിയാൽ പ്രാമുഖ്യം കൽപ്പിക്കാറുണ്ടോ സ്വപ്നത്തിൽ ആരെയോ വെറുത്തു അടിച്ചു രാവിലെ എഴുന്നേറ്റാൽ അയാളോട് സോറി പറയാൻ പോവോ നമുക്കറിയാം അത് വെറുതെ തോന്നിയ അതേപോലെ തന്നെ ജാഗ്രതത്തിൽ കാണുന്ന ഒരു ഉള്ളിലുള്ള ഒരു സ്വപ്നം ഈ മനസ്സ് അതിനെ വാസ്തവം എന്ന് കരുതി അതിനടിമപ്പെട്ടു പോവാണ് അത് പ്രകൃതി അത് സ്വഭാവം പക്ഷേ അതിനെ അങ്ങനെ എളുപ്പത്തിന് മാറ്റാൻ പറ്റില്ല മനസ്സിനെ നിയന്ത്രിക്കാൻ അനേക യോഗങ്ങൾ സാധനകൾ ഒക്കെ ഉണ്ട് ഇതുകൊണ്ടൊന്നും ജയിക്കപ്പെടുന്നില്ല മനസ്സ് ഭാഗവതത്തില് ഉദ്ധവര് പറയണു ശ്രീകൃഷ്ണ ഭഗവാനോട് കൃഷ്ണനെല്ലാം ഉപദേശിച്ചു ഉദ്ധവർക്ക് എന്നിട്ട് ഉദ്ധവരോട് പറഞ്ഞു ഉദ്ധവ ഒരിടത്ത് ഏകാന്തമായിട്ടിരിക്കുക പ്രാണായാമം ചെയ്യാം എന്നിട്ട് പ്രണവം ജപിക്കുക ഇന്ന സാധനകൾ ചെയ്യൂ ഇന്ന യോഗങ്ങൾ അനുഷ്ഠിക്കൂ ഇത്ര അനുഷ്ഠിക്കൂ എന്നൊക്കെ പറഞ്ഞു ഉദ്ധവരോട് ഉദ്ധവര് സാമാന്യം ബുദ്ധിശാലിയാണ് ഉദ്ധവര് ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ എനിക്ക് വയസ്സ് നൂറ്റി ഇരുപതായിരിക്കും ഭഗവാൻ ഉദ്ധ കൃഷ്ണന് മാത്രമല്ല ഉദ്ധവർക്കുമായി രണ്ടുപേർക്കുമായി നൂറ്റി ഇരുപത് ഈ വയസ്സിൽ ഇനി യോഗ സാധനയും ഇത്ര കാലം മാത്രമല്ല ഇതൊക്കെ ചെയ്തതാണ് ഈ പറഞ്ഞതൊക്കെ ചെയ്തതാണ് ഇതുകൊണ്ടൊന്നും ഫലം കിട്ടിയില്ലാന്നല്ല ചെയ്യുമ്പോഴൊക്കെ നല്ല സുഖം തോന്നുന്നു കുറച്ചു കഴിഞ്ഞാൽ പിന്നെയും പോണം എത്രയോ യോഗികളെ ഈ ലോകത്തിൽ ഞാൻ കണ്ടു ഉദ്ധവരെ വ്യക്തമായിട്ട് പറഞ്ഞു ഭഗവാനെ പ്രായശ പുണ്ടരീകാക്ഷ യോഗിനോ യൂഞ്ചതോ മനഹം വിശീദന്തി അസമാധാനാത് മനോനിഗ്രഹ കർഷിതാഹ ഹേ പുണ്ഡരീകാക്ഷ ഹേ ഭഗവാനെ എത്രയോ യോഗികളെ ഞാൻ കണ്ടു അവരൊക്കെ തന്നെ മനസ്സിനെ പിടിച്ചു വിഷീതന്തി വല്ലാതെ വിഷമത്തിൽ കുടുങ്ങി കിടക്കണെന്ന് എന്താന്ന് വെച്ചാൽ ഈ മനസ്സ് ഇവരെ ഒഴുകി കളയണോ അവസാനം അതിലാദ്യത്തെ പടിയിലെ ഒരു വിഷമം എന്താന്ന് വെച്ചാൽ കാമം ഉണ്ട് അതിനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് ആ ചണ്ട കൂടണതേ കോപം ഉണ്ട് അതിനെ ജയിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഉണ്ട് എന്ന് വിശ്വസിച്ചാ പിന്നെ അത് പോവുകയില്ല അത് ഉണ്ട് എന്ന് പറഞ്ഞ് കൽപ്പിച്ചാലേ അത് പോവില്ല ആദ്യമേ നിഷേധിക്കണം ഭഗവാൻ അവിടെ മഹർഷിയോടത്ത് പറയുന്നു മനസ്സിനെ എങ്ങനെ ജയിക്കാം എന്ന് ചോദിച്ചപ്പോ മഹർഷി പറഞ്ഞു സ്കോർച്ച് ഇറ്റ് ബൈ ഇഗ്നോറിംഗ് ഇട്ട് അതില്ല എന്ന് ഉപേക്ഷിച്ച് തള്ളിച്ചുട്ടരിക്കുക അതൊണ്ട് എന്ന് സ്വീകരിച്ചാൽ അത് വാസ്തവമായി പെരുത്തുമുമ്പിൽ വന്ന് നിക്കും മനസ്സുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് ചെയ്യുന്ന സാധനകളൊക്കെ കള്ളൻ തന്നെ പോലീസ് വേഷം കെട്ടിയിട്ട് കള്ളനെ തെരയണ പോലെയാണ് ഒരിക്കലും പിടികിട്ടില്ല എന്നാണ് ഇയാൾ തന്നെയാണ് കള്ളൻ ഇയാൾ പോലീസ് വേഷം കെട്ടിയിട്ട് തെരഞ്ഞാൽ കിട്ടുമോ അപ്പൊ ഈ മനസ്സിനെ അംഗീകരിച്ചുകൊണ്ട് സാധന ചെയ്താൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല ഈ മനസ്സ് വാസ്തവത്തിലില്ല ഇവിടെ ഭഗവാനേ ഉള്ളൂ ഒന്നിൽ ഭഗവാൻ അല്ലെങ്കിൽ മനസ്സ് മനസ്സുണ്ട് എന്ന് ആരൊക്കെ അംഗീകരിക്കുന്നു അവർക്ക് ഭഗവാനുണ്ട് എന്ന് അംഗീകാരമില്ല ഭഗവാൻ ഉണ്ടെങ്കിൽ ആയിരം കോപ്രായം കാട്ടെ ഒന്നും പ്രശ്നമല്ല ഈ മനസ്സ് ഭഗവാന്റെ ഒരു അടിമ ചില ഭക്തന്മാരൊക്കെ എന്ത് പറയുന്ന വെച്ചാൽ ഈ മനസ്സ് ഭഗവാന്റെ ദൈവീ പ്രകൃതിയാണ് ഭഗവാനെ അർപ്പിച്ചു കൊടുത്ത് കല്യാണം കഴിച്ചു കൊടുക്കുക ആചാര്യസ്വാമികൾ പറയണത് ഈ മനസ്സാവുന്ന കന്യകയെ ഭഗവാനെ അവിടുത്തെ കയ്യിൽ അർപ്പിക്കണു ബുദ്ധി കന്യാം പ്രദാസ്യേ പിടിച്ചോളാം ബുദ്ധിയാവുന്ന മനസ്സാവുന്ന കന്യകയെ അവിടുത്തെ കയ്യിൽ അർപ്പിക്കണം എന്നുവെച്ചാൽ പിന്നെന്താ ഈ മനസ്സ് എവിടെ ചലിച്ചാലും ഭർത്താവിന്റെ ചുമതലയാണ് നോക്കണത് നമുക്ക് എന്ത് വേണം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മകളെ നമ്മൾ ആർക്കെങ്കിലും കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ എന്ത് വിധത്തിൽ പോയാലും ഭർത്താവിന്റെ ചുമതലയാണ് നമ്മളുടെ എല്ലാം അതുവരെ അച്ഛന് ചുമതലയുള്ളൂ അതുപോലെ മനസ്സിനെ എത്ര കാലം നമ്മൾ പരിരക്ഷിക്കണം എന്ന് വെച്ചാൽ ഈശ്വരന്റെ കയ്യിൽ ഏൽപ്പിക്കണവരെ ഈശ്വരന്റെ കയ്യിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനു വിഷമിക്കണം ഇനി നമ്മളുടെ മനസ്സല്ല ഈശ്വരന്റെ മനസ്സ് അങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ മനസ്സിൽ ചിലപ്പോ വിഷമമൊക്കെ വരും അല്ലാതെ ടെൻഷൻ വരുമ്പോ പറഞ്ഞോളണം ഇത് എന്റെ മനസ്സല്ല ഭഗവാന്റെ മനസ്സ് ഭഗവാന്റെ മനസ്സിൽ ടെൻഷൻ വരണോ എനിക്ക് ചുമതലയേ ഇല്ല ഭഗവാൻ നോക്കിക്കോട്ടെ ഒന്ന് ചെയ്ത് നോക്കൂ ഇങ്ങനെ ഒരു സാധനം മനസ്സിൽ വിഷമം വരുമ്പോ അല്ലാതെ ചിന്ത വരുമ്പോൾ എന്റെ മനസ്സല്ല ഇത് മനസ്സ് ഭഗവാന്റെ മനസ്സ് ആരുടെയോ മനസ്സിൽ വിഷമം വരുമ്പോ ഞാൻ വിഷമിക്കണമില്ലല്ലോ അതേപോലെ തന്നെ ഈ മനസ്സിപ്പൊ എന്റെ മനസ്സല്ല ഭഗവാന്റെ മനസ്സ് ഞാൻ കാണണു അത്രയേ ഉള്ളൂ ആ മനസ്സിൽ വരണ വിഷമങ്ങളൊക്കെ ഭഗവാന്റെ ചുമതല അങ്ങോട്ട് കൊടുത്തു അങ്ങനെയായാൽ ഈ മനസ്സിലുള്ള വാസനകളൊക്കെ പതുക്കെ പതുക്കെ പതുക്കെ പോയി ശാന്തമാവും അതാണ് പ്രകൃതിയെ ഒഴിക്കുക എന്ന് പറയുന്നത് പ്രകൃതിയെ നീക്കുക സ്വഭാവത്തിനെ നീക്കി സ്വരൂപത്തിനെ പ്രകാശപ്പെടുത്തുക പക്ഷേ പ്രബലമായി ചില വാസനകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മാറില്ല ചില വാസനകളൊന്നും മാറില്ല അതിനെ മാറ്റിയെടുക്കാൻ പറ്റില്ല എത്ര നല്ല ആളാണെങ്കിലും ചിലപ്പോഴൊക്കെ ആ വാസന കാട്ടും ആഞ്ജനേയ സ്വാമികൾ ലങ്കയിൽ പോയി നല്ല അടക്കം മഹാതപസ്വി യോഗി ലങ്കയിൽ പോയി സീതയെ തെരയാണ് തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോ മണ്ടോതിരിയെ കണ്ടു മണ്ടോതിരിയെ കണ്ടപ്പോ സീതയാണെന്ന് വിചാരിച്ചു ഉടനെ ആ സന്തോഷത്തിൽ ആഞ്ജനേയന്റെ ആ യോഗവും അതും ഒക്കെ പോയി കൊരങ്ങിന്റെ സ്വഭാവം കാട്ടി ആസ്പോടയാമാസ ചുചുംബ പുച്ഛം നനന്ത സ്തംഭാനരോഹൻ നിപവാദ ഭൂമൗ നിദർശയൻ സ്വാം പ്രകൃതിം കപീനാം ആത്മീകി പറയണത് നിലത്ത് വാലിട്ട് അടിച്ചു അത്രേ എന്നിട്ട് ആ വാലിന്റെ അറ്റകടത്ത് ചുംബിച്ചു അത്രേ എന്നിട്ട് നാലു കുട്ടിക്കാരണം മറിഞ്ഞു എന്നിട്ട് തൂണിന്റെ മേലെ കയറി ചുവട്ടൽ ചാടി നാലു കൂക്കി വിളിക്കലും നടത്തി അത് കഴിഞ്ഞു നിദർശയൻ സ്വാം പ്രകൃതിം കപീനാം കൊരങ്ങിന്റെ സ്വഭാവം കാണിച്ചു എന്നുണ്ട് ഇതുപോലെ ഒരു ജ്ഞാനി വേറെ ആരുമില്ല ബുദ്ധിമതാം വരിഷ്ടം സീതാദേവി തന്നെ പറയണത് ഇതിനു തുല്യമായി വേറെ ഒരാളെ ഞാൻ കാണണില്ല എന്നാണ് ഹനുമാനെ പറയണത് ദേവി നത്വാം പ്രാകൃതം മന്യേ വാനരം വാനരർഷ നഹി ത്വയാല്യം പശ്യാമി ധരണീതലെ രാമനാണ് പറയണത് തനിക്ക് തുല്യമായിട്ട് വേറെ ഒരാളും ഇവിടെ ഇല്ല രാമൻ പോലും തുല്യമല്ലാന്നാണ് എന്നുവെച്ചാൽ ഒരിക്കലും ചലനമില്ലാത്ത ബ്രഹ്മനിഷ്ഠ ഒരു ദുഃഖമില്ല എന്നാൽ ഗംഭീരമായ കർമ്മം പലർക്കും സംശയം കർത്തൃത്വം പോയാൽ ഞാൻ ചെയ്യണമെന്നുള്ള ഭാവം പോയാൽ പ്രവർത്തിക്കാൻ പറ്റുമോ എന്നാണ് അതിന് ഉത്തമ ഉദാഹരണമാണ് ഹനുമാൻ ഒന്നിലും തനിക്ക് കർത്തൃത്വമേ ഇല്ല ശ്രീരാമന്റെ ദാസൻ തന്റേതായിട്ടുള്ള ഒരു കർമ്മമേ ഇല്ല എന്നിട്ട് ഗംഭീരമായിട്ട് ലങ്കയിൽ പോയിട്ട് വിളിച്ചു ചെയ്യും ഞാൻ രാമന്റെ ദാസനാണ് രാവണ സഹസ്രമേ യുദ്ധേ പ്രതിഫലം ഭവേ ആയിരം രാവണന്മാരെ എന്റെ മുമ്പിൽ വന്നാൽ നിൽക്കാൻ പറ്റില്ല ലങ്കയെ ഞാൻ പിഴുത്തെടുത്തു കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ പറയണത് അഹങ്കാരമാണോ അഹങ്കാരമല്ല ഭഗവാന്റെ കയ്യിൽ യന്ത്രം എന്തും ചെയ്യാൻ പറ്റും അതിനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് അർജുനനെ വിളിച്ചത് ആ കൊടിയിലിരിക്കുന്ന ആളെ നോക്കിക്കൊള്ളൂ ഗീത ശരിക്കും ഉപദേശിച്ചത് ഹനുമാന് വേണ്ടിയിട്ടാത്രേ ഗീത ഉപദേശിക്കുമ്പോൾ മൂന്ന് ശ്രോതാക്കളുണ്ട് ഉത്തമശ്രോത മധ്യമശ്രോത അധമശ്രോത ഉത്തമശ്രോതാവ് ആരാന്ന് വെച്ചാൽ ഒരു ചോദ്യം ചോദിക്കാതെ ഗുരു ഉപദേശിക്കുമ്പോൾ അപ്പിടി എടുത്തിട്ട് അനുഭവിക്കണ ആൾ ഉത്തമശ്രോത ചോദ്യം ചോദിച്ച് മനസ്സിലാക്കുന്ന ആള് മധ്യമശ്രോത കേട്ടിട്ടും മനസ്സിലാവാത്ത ആൾ അധമശ്രോത ഇവിടെ മൂന്നാളുകൾ കേട്ടു ഉത്തമശ്രോത ഹനുമാൻ കേട്ടത് ഒരു ചോദ്യവും ഇല്ലാതെ ഇരുന്ന് കേട്ടു അത്ര കൊടിയിലിരുന്നിട്ട് രണ്ടാമത്ത ആള് അർജുനൻ സംശയങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി മൂന്നാമത്താൾ ധൃതരാഷ്ട്രം കേട്ടിട്ടും മനസ്സിലായില്ല മുഴുവൻ കേട്ടിട്ടും മനസ്സിലായില്ലേ മൂന്ന് പേര് കേൾക്കും ഇതുപോലെ എല്ലായിടത്തും ഉണ്ടാവും ശ്രോതാക്കൾ ചിലർ ഹനുമാനെ പോലെ കേൾക്കുമ്പോഴേക്കും പിടിച്ചെടുക്കും ചിലർ സംശയം ഉണ്ടാവും എന്നിട്ട് നീക്കും ചിലര് കേൾക്കും പ്രയോജനമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ മൂന്ന് തരത്തിലും ഉണ്ടാവും ഹനുമാനെ പോലും ആ പ്രകൃതി കൊണ്ടുപോകും കൊരങ്ങിന്റെ പ്രകൃതി കാണിച്ചു ആ കുരങ്ങു സ്വഭാവം കാണിച്ചു കൊരങ്ങുകളൊക്കെ ശ്രീരാമഭക്തന്മാരാണ് എല്ലാരും രാമൻ അടങ്ങിയവരാണ് പക്ഷെ കുരങ്ങു സ്വഭാവമൊന്നും മാറിയില്ല ഹനുമാൻ തിരിച്ചു വന്ന് റിപ്പോർട്ട് ചെയ്തു സീതയെ കണ്ടു എല്ലാവർക്കും വലിയ സന്തോഷമായി ഇനി നേരെ പോയി രാമന്റെ അടുത്ത് ചെന്ന് പറയണം സീതയെ കണ്ടുകഴിഞ്ഞു എന്നുള്ളത് അത് പറയണം സന്തോഷമായി രാമകാര്യത്തിന് വേണ്ടി കുടുംബവും കുട്ടികളും ഉപേക്ഷിച്ച് വന്നവരാണ് കാര്യമൊക്കെ കഴിഞ്ഞു ഇപ്പൊ സന്തോഷമായപ്പോ അവര് പറയുന്ന നമുക്കൊരു പാർട്ടി നടത്താം കൊരങ്ങന്മാരുടെ സ്വഭാവമാണതേ നമ്മളിപ്പൊ അതാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് എല്ലാം കൂടെ ആ ദതിമുഖന്റെ പൂന്തോട്ടത്തിൽ പോയിട്ട് നല്ലവണ്ണം മധുപാനം ചെയ്തു കുട്ടിക്കരണം മറിഞ്ഞു ഗായന്തി കേസന്തി കേത്യന്തി കേണമന്തി കേട്ടുപാടുന്നു അത്ര ഒന്നിന് ഉള്ളിൽ മധു പോയപ്പോ ലഹരി പിടിച്ചിട്ടേ സംഗീതവാസന വന്നൂ എന്നാണ് ഗംഭീരമായി പാട്ടുപാടാൻ തുടങ്ങിയത്രേ വേറെ ഒരു കരിങ്കൻ അടുത്തുപോയി താളമൊക്കെ ഇട്ട് ആസ്വദിച്ച് നർത്തനം ചെയ്യാനും ഒക്കെ തുടങ്ങി അവരുടെ പ്രകൃതി കാണിക്കുക സ്വഭാവം ഇതുപോലെ നമുക്കും ചില സ്വഭാവമൊക്കെ കൊണ്ടുവരും ആ സ്വഭാവത്തിനെ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്വഭാവം പ്രകാശിപ്പിച്ചാലും ബാധിക്കില്ല ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രകൃതിക്കനുസരിച്ച് എന്തൊക്കെ തന്നെ അവർക്ക് ചെയ്യേണ്ടി വന്നാൽ പോലും ബാധിക്കില്ല അതാണ് കാരണം ഞാൻ ചെയ്യണമെന്നുള്ള ഭാവവും ഇല്ല അതിൽ നിന്ന് എന്തെങ്കിലും സ്വാർത്ഥതയും അവർക്കില്ല ആ ഭാവത്തിൽ പ്രകൃതിയെ ഒഴിച്ചു മാറ്റാം വിവേകാനന്ദ സ്വാമികൾക്കൊക്കെ അല്പം ഈ പ്രവൃത്തി വാസന ഉണ്ടായിരുന്നിരിക്കണം അതുകൊണ്ട് പ്രവർത്തിച്ചു അവസാനമാവുമ്പോ ഒക്കെ വിട്ടുപോയി പ്രവർത്തിക്കണമെന്നുള്ള വാസനയെ വിട്ടുപോയി ഉള്ളു വാസനകൾ പോയി പരമമായ ശാന്തി നിർവികൽപ്പമായ നിഷ്ഠ അല്ലെങ്കിൽ നിർവികൽപ്പ സമാധിയൊന്നും അത്ര പെട്ടെന്ന് വരില്ല മനസ്സങ്ങനെയൊന്നും അടങ്ങിപ്പോകില്ല അതിനൊരു ടെക്നിക്കും ഇല്ല രാഗദ്വേഷം ഇല്ലാതാക്കി ജ്ഞാനത്തോടുകൂടെ എതിർച്ചയാവരുന്ന ജീവിതാനുഭവങ്ങളെ നേരിട്ട് കൊണ്ടുപോയാൽ കുറെ കഴിയുമ്പോ തനിയ വാസനാശൂന്യമായ മനസ്സ് നിർവികൽപ്പ സ്ഥിതിയിൽ വന്നു നിൽക്കും ആത്മാവിന്റെ സ്വരൂപമാണ് നിർവികൽപ്പിതി മനസ്സിന്റെ സ്വരൂപമാണ് വികൽപ്പം വികൽപ്പം എന്ന് വെച്ചാൽ തന്നെ മനസ്സ് നിർവികൽപ്പം എന്ന് വെച്ചാൽ മനസ്സില്ലാത്ത സ്ഥിതി എന്നർത്ഥം വികൽപ്പം എന്ന് വെച്ചാലേ മനസ്സെന്നാണ് അർത്ഥം നിർവികൽപ്പം എന്ന് വെച്ചാൽ മനസ്സില്ലാത്ത സ്ഥിതി മനസ്സ് എങ്ങനെയില്ലാതാവും തൽക്കാലം ഒരു മന്ത്രം ജപിച്ച് നിർത്താം പക്ഷെ അങ്ങനെയൊന്നും നിൽക്കില്ല മന്ത്രം ജപിച്ച് നിന്നിട്ട് പിന്നെ അലയും മന്ത്രം ജപിക്കുമ്പോഴേ അലഞ്ഞുകൊണ്ടിരിക്കും നമുക്കറിയേയില്ല വാസനാനുസൃതമായിട്ട് അലയും അപ്പോ അങ്ങനെയൊന്നും അടങ്ങില്ല മനസ്സ് ജ്ഞാനത്തിനെ ഉറപ്പിച്ചോളണം ഈശ്വരൻ ഒന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ വാസനകളൊക്കെ ഉള്ളൊന്ന് പൊന്തി വരട്ടെ എന്ത് വാസന വന്നാലും ഇത് ആർക്ക് വരണൂ ഓരോ വാസന വരുമ്പോഴും ജാഗ്രതയോടുകൂടെ വാസനയുമായിട്ട് താതാത്മ്യം പ്രാപിക്കാതെ ഈ വാസന ആർക്ക് പൊന്തുണു എനിക്ക് പൊന്തുണു ഈ ഞാൻ ആരാണ് ഞാൻ എന്താണ് ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ് ചിലപ്പോൾ ധ്യാനിക്കുമ്പോഴൊക്കെ അനേക വാസനകൾ പൊന്തി പേടിവരും കോപം വരും ദ്വേഷം വരും എന്തൊക്കെ പൊന്തിയാലും ഈ ഒരു ചോദ്യത്തിനെ വിട്ടുകളയരുത് ഈ ഞാൻ ആരാണ് ഈ വൈഷമ്യങ്ങളെയൊക്കെ അനുഭവിക്കണ ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് ഞാൻ ഞാൻ ഞാൻ ഞാൻ എല്ലാത്തിനും ഈ ഞാൻ എന്നുള്ള അഹങ്കൃതിയെ പിടിക്കണം മൂലത്തിൽ പിടിച്ച് ഈ അഹങ്കൃതിയെ മൂലത്തിൽ ചെന്ന് അടക്കിയാൽ വാസനകൾ ഓരോന്നോരോന്നായി ഒഴിഞ്ഞു കിട്ടും വാസനകൾ നിശേഷ ഒഴിഞ്ഞാൽ നിശേഷമോക്ഷേ സതി വാസനാനാം ആത്മാനുഭൂതി പ്രതിബന്ധശൂന്യ അല്ലെങ്കിൽ ആദ്യം ഗുരുവിന്റെ കൃപ കൊണ്ട് ഒരു ദർശനമൊക്കെ ഉണ്ടാവും പക്ഷേ അത് നിൽക്കില്ല അതൊരു കാണിച്ചു തരലാണ് ആ കാണിച്ചു തന്നതിനെ വെച്ചുകൊണ്ട് പതുക്കെ പതുക്കെ വാസനകൾ ക്ഷയിക്കുമ്പോ സ്വഭാവ വിജയം എന്നാണ് അതിന് സ്വഭാവത്തിനെ പതുക്കെ പതുക്കെ ഒഴിച്ചു മാറ്റുമ്പോ ജീവൻ മുക്തി ഉള്ളില് ഈ അനുഭവിച്ച ബോധം തെളിഞ്ഞ് തെളിഞ്ഞു തെളിഞ്ഞു വരും നമ്മളുടെ ഉള്ളിൽ ഓരോ വികാരവും ആകാശത്തിലെ മേഘങ്ങൾ ഉണ്ടാവണ പോലെയാണ് കറുത്ത മേഘങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ മേഘങ്ങളുടെ പുറകിൽ ആകാശമുണ്ട് നമ്മൾ മേഘത്തിനെ കാണുമ്പോ ആകാശത്തിനെ കാണില്ല അപ്പോ മേഘമാണ് എന്ന് പറയും ആകാശത്തിനെ ശ്രദ്ധിക്കണില്ല അതുപോലെ എന്തൊക്കെ ചിത്തവൃത്തികൾ പൊന്തുവരുമ്പോഴും ആ ചിത്തവൃത്തികളൊക്കെ തന്നെ ആത്മാവാകുന്ന ആകാശത്തിലാണ് ഇങ്ങനെ മുതൽ നടക്കണതേ ആത്മാവാകുന്ന ആകാശത്തിലാണ് ഈ ചിത്തവൃത്തികൾ നമ്മൾ ശ്രദ്ധ ചിത്തവൃത്തിയിലായാൽ അതിനു പുറകിലുള്ള ആകാശത്തിനെ കാണുന്നില്ല ശ്രദ്ധ ആകാശത്തിലായാൽ ചിത്തവൃത്തികൾ എന്തും വരട്ടെ പോകട്ടെ പ്രശ്നമില്ല ആകാശത്തിലാണ് ഈ ചിത്തവൃത്തികളൊക്കെ പൊന്തണുന്നത് ആ ആകാശം ആത്മാവാകുന്ന ആകാശം സ്പേസ് ചിതാകാശം അത് സ്വരൂപം ചിത്തവൃത്തികൾ സ്വഭാവം ചിത്തവൃത്തികൾ പൊന്തി വരുമ്പോ ചിലതിനെയൊക്കെ വിചാരം കൊണ്ട് സംഹരിക്കാം ചിലതൊക്കെ പ്രവർത്തിച്ചിട്ടേ സംഹരിക്കാൻ പറ്റുള്ളൂ അപ്പോ പ്രഭാഷണം ചെയ്യുക ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക എന്ന് പൂർവ്വജന്മത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇച്ഛിച്ചിട്ടുണ്ടാവും ആഗ്രഹിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ചിലപ്പോ അതുകൊണ്ടായിരിക്കാം ഭഗവാൻ ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോ ഇതിൽ യാതോരു ഇത് തുടരണം ആഗ്രഹമോ ഇതുകൊണ്ട് എന്തോ ലോകത്തിന് ചെയ്യാണ് എന്നുള്ള വിചാരമോ ഇനി എന്തെങ്കിലുമൊക്കെ ഇതുകൊണ്ട് കിട്ടണമെന്നുള്ള ആഗ്രഹമോ ഇല്ലെങ്കിൽ ഇത് കുറച്ചുകാലം അങ്ങനെ പോയിട്ട് യാതൊരു വിധത്തിലും ഇതില് ബന്ധമില്ലാതെ നിൽക്കും ഒരുപക്ഷെ തുടർന്നാലും കുഴപ്പമില്ല അതങ്ങനെ മെഷീൻ പോലെ തുടരും നല്ലാതെ ബന്ധപ്പെടുത്തില്ല നേരെ മറിച്ച് ഇത് ആഗ്രഹിച്ച് തുടങ്ങിയതാണെങ്കിൽ ഇതിനകത്തൊരാഗ്രഹം ഇനിയും തുടരണമെന്നും ഇതിൽ മേലെ വരണമെന്നും ഇത് നാല് ലോകം മുഴുവൻ കൊട്ടിഘോഷിക്കണമെന്നും എന്തെങ്കിലുമൊക്കെ വാസന ഉള്ളിൽ ഇത് നമ്മളെ അത്യന്തം ബന്ധിപ്പിച്ച് ദുഃഖിപ്പിക്കും എല്ലാം ഈ ആധ്യാത്മിക പ്രവർത്തന അടക്കം ൗകിക കർമ്മമാണെങ്കിൽ പോലും യാതൊരു വിധത്തിലും ഈ വാസന ഉള്ളിലില്ലെങ്കിൽ ബന്ധിപ്പിക്കില്ല ദുഃഖിപ്പിക്കില്ല ആധ്യാത്മികമായ കർമ്മമാണെങ്കിലും അതിനകത്ത് വാസനയുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ ബന്ധിപ്പിക്കും ദുഃഖിപ്പിക്കും അപ്പോ ഇത് സ്വഭാവമാണെന്ന് അറിഞ്ഞ് നല്ല സ്വഭാവമാവട്ടെ കെട്ട സ്വഭാവമാവട്ടെ രണ്ടും ഒഴിച്ചു മാറ്റണം ഒഴിച്ചു മാറ്റണമെങ്കിൽ അതിന്റെ കൂടെ ജ്ഞാനം കൂട്ടിച്ചേർക്കണം ജ്ഞാനത്തിനെ അല്പമൊന്ന് കൂട്ടിച്ചേർത്താൽ പ്രവൃത്തിയുടെ ഭാഷയെ മാറും ജ്ഞാനത്തിനെ ഇത്തിരി ഒന്ന് കൂട്ടിച്ചേർത്താൽ അതിനൊരു ഉദാഹരണം പറയണത് ഒരാൾക്ക് നെയ്യ് കൂട്ടിയിട്ട് ദഹനക്കാട് പിടിച്ചു വൈദ്യന്റെ അടുത്തുപോയി വൈദ്യന്റെ അടുത്തു പോയിട്ട് വൈദ്യൻ നോക്കിയിട്ട് പറഞ്ഞു നെയ്യ് കൂട്ടിയതിന്റെ കുഴപ്പ അതിൽ മരുന്ന് ഞാൻ തരാമെന്ന് പറഞ്ഞു വൈദ്യൻ അകത്തുപോയി ഒരു ഭരണി നിറയെ നെയ്യെടുത്തോളൂ ഇയാൾ പറഞ്ഞു എന്താ വൈദ്യരെ നെയ്യ് കൂട്ടിയിട്ടാ ദഹണക്കേട് എന്ന് പറഞ്ഞു നിങ്ങൾ പിന്നെയും നെയ്യ് കൊണ്ടുവന്നിരിക്കണോ അത് സാരമില്ല ഈ നെയ്യില് ഇത്തിരി കലർത്തിയ നെയ്യാ അപ്പൊ നെയ്യ് കൊണ്ടുവന്ന ദഹനക്കേടിന് മരുന്ന് ചേർത്തിയ നെയ്യ് മരുന്ന് അതുപോലെ കർമ്മം കൊണ്ടുവന്ന വ്യാധിക്ക് ജ്ഞാനത്തിനെ അൽപം കൂട്ടിച്ചേർത്താൽ കർത്തൃത്വ ബുദ്ധിയില്ലാതെ ചെയ്യപ്പെടുന്ന കർമ്മം കൊണ്ട് കർമ്മം ഒഴിഞ്ഞുപോയി കർമ്മം ഒഴിഞ്ഞു പോകാന്ന് വെച്ചാൽ പ്രവൃത്തി ഇല്ലാതാവും അർത്ഥമല്ല പ്രവർത്തിച്ചാൽ പോലും പ്രവൃത്തിയില്ല എത്ര പ്രവർത്തിച്ചാലും ഒരു പ്രവൃത്തിയും ഇല്ല ചെയ്യണമെന്ന് തോന്നേയില്ല തീർച്ചയായിട്ടും തോന്നില്ല ആയിരം പ്രഭാഷണം ചെയ്താലും ലോകത്തിൽ മുഴുവൻ അലഞ്ഞു നടന്നാലും എത്ര പുസ്തകങ്ങൾ എഴുതിയാലും എന്തൊക്കെ ചെയ്തുകൊണ്ട് നടന്നാലും അതിന്റെ നടുവിൽ ഒന്നുമേ നടക്കുന്നതായിട്ട് തോന്നില്ല ഒന്നും നടക്കണതായിട്ട് തോന്നില്ല ആളുകളൊക്കെ പുകഴ്ത്തിയാലും നിന്ദിച്ചാലും ഒന്നും നടക്കുന്നതായിട്ട് തോന്നില്ല അങ്ങനെ ഒരു അവസ്ഥ എത്തിയാൽ ഈ ജീവൻ പൂർണ്ണമായും രക്ഷപ്പെട്ടു ശരീരത്തിലുള്ളപ്പോ തന്നെ മുക്തി അതാണ് തുല്യനിന്ദ സ്തുതിർ മൗനി എന്നൊക്കെ ഭഗവാൻ പറഞ്ഞത് അല്ലാതെ വെറും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പരിശീലനമല്ല ഉള്ളിൽ തോന്നില്ല തോന്നില്ല എന്ന് വെച്ചാൽ ചിത്തവൃത്തികളുടെ ലാഞ്ചനയെ ഉണ്ടാവില്ലേ വികാരത്തിന്റെ ലാഞ്ചനയേ അവിടെ പരിപൂർണമായ ശാന്തി അതാണ് മൗനി എന്ന് പറഞ്ഞത് മൗനി എന്ന് വെച്ചാൽ ഉള്ളിലുള്ള മൗനസ്ഥിതി മനസ്സ് മൗനമാവണം എന്തൊക്കെ നടന്നാലും അവിടെ മൗനമായി ഉള്ളില് നിശ്ചലത ആ നിശ്ചലത ഒരിക്കലും ഭഞ്ജിക്കപ്പെടാത്ത നിശ്ചലത എത്ര പ്രവർത്തിച്ചാലും ഭഞ്ജിക്കപ്പെടാത്ത നിശ്ചലത ബാധിക്കപ്പെടാത്ത നിശ്ചലത ആ അവസ്ഥയിൽ ഇനി ശരീരം ഉപേക്ഷിച്ചാലും ദുഃഖമേ ഇല്ല എന്ത് സംഭവിക്കാനാ ശരീരം ഈ അവസ്ഥ എത്തിയാൽ തന്നെ ശരീരമൊക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ മരണമൊന്നും പ്രശ്നമല്ല ഭാഗവതം മുഴുവൻ ഉപദേശിച്ചിട്ട് പരീക്ഷ്യത്തിനോട് അവസാനം ശ്രീസുഖബ്രഹ്മ മഹർഷി പറഞ്ഞു രാജാവേ അങ്ങയ്ക്ക് മരണമുണ്ട് എന്നുള്ള അജ്ഞാനത്തിനെ മാറ്റിവെക്കുക അങ്ങയ്ക്ക് മരണമേ ഇല്ല ത്വം തുജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി ന ജാതഹാപ്രാഗ്ഭൂതോദ്യ ദേഹവത്വം രാജാവേ അങ്ങയ്ക്ക് മരണമുണ്ട് എന്നുള്ള അജ്ഞാനത്തിനെ മാറ്റിവെക്കുക മരണമാർക്ക് ശരീരത്തിന് മരണമാണെങ്കിൽ ശരീരം എന്നോ മരിച്ചതാണ് ജഡമാണ് അതിന് മരിക്കാൻ പറ്റില്ല ആത്മാവിനാണെങ്കിൽ അതിനെങ്ങനെ മരിക്കാൻ പറ്റൂ ഉള്ള വസ്തുവിന് ഇല്ലാതാവാൻ പറ്റൂ അതെപ്പോഴും ഉള്ളതാണ് ഇല്ലാത്തത് എപ്പോഴും ഇല്ലാത്തതാണ് ഉള്ളത് എപ്പോഴും ഉള്ളതാണ് രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാവം ആവില്ല അങ്ങനെ ഉള്ളപ്പോ അങ്ങയ്ക്ക് മരണമില്ല ഈ വസ്തുത നല്ലവണ്ണം ഉറപ്പിക്കാം പരീക്ഷത്ത് ചോദിച്ചു ഞാൻ എങ്ങനെ ഉറപ്പിക്കും ഞാൻ ധ്യാനിക്കാൻ ഒരു വഴി പറഞ്ഞുതരാം അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ം സമീക്ഷൻ ആത്മാനം ആത്മന്യാഥായ നിഷ്കളേ ദശന്തം തക്ഷകം പാതേ लेलिहानं വിശാനനൈഹി നദ്രക്ഷ്യസി ശരീരം ച വിശ്വം ചൃഥകാത്മന ഈ ശരീരത്തിൽ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന് സ്ഫുരിക്കുന്നത് എന്തോ അത് ബ്രഹ്മമാണ് അതിനെ കണ്ടെത്തിയാൽ ബ്രഹ്മത്തിനെ കണ്ടെത്തി അഹം ബ്രഹ്മ പരം ദാമ ബ്രഹ്മ അഹം അങ്ങനെ വേണം അർത്ഥം പറയാം അഖണ്ഡബോധമായ വസ്തു ഇവിടെ ഞാൻ ഞാൻ ഞാൻ എന്ന് ഉള്ളിൽ സ്ഫുരിക്കണോ ഈ ഞാൻ എന്താണെന്ന് കണ്ടെത്തിയാൽ ബ്രഹ്മത്തിനെ കണ്ടെത്തി അഹമഹമെന്ന് അരുളുവതൊക്കെ ആരായുകിൽ അരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ലതേകമാകും ഈ ഞാൻ ഞാൻ എന്ന് പറയണത് എന്താണെന്ന് ആരാഞ്ഞു നോക്കുമ്പോ അകമേ പലതില്ല ഉള്ളിൽ പലതില്ല ഏകമാകും അകലുമഹന്ത അഹന്ത അവിടുന്ന് പോകും അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു അഹം എന്നുള്ളതിന്റെ ഉണ്മയായ സ്വരൂപം ബ്രഹ്മം അത് പ്രകാശിക്കും സ്വരൂപം പ്രകാശിക്കും അപ്പൊ മാറ്റി സ്വരൂപത്തിനെ അറിയാൻ ഞാൻ ആര് എന്റെ സ്വരൂപം എന്താണ് എന്ന് നിരന്തര വിചാരം കൊണ്ട് മാറ്റിയെടുക്കണം ഒരു പക്ഷേ അത് പൂർണ്ണമായും മാറിക്കിട്ടില്ല അങ്ങനെയാണെങ്കിൽ കർമ്മയോഗം അതാണ് അർജുനനോട് പറഞ്ഞത് അർജുന തനിക്ക് അത്ര കണ്ട ആയിട്ടില്ല ഇത്രയൊക്കെ ഉപദേശിച്ചാലും താനെങ്ങനെ കർമ്മത്തിനെയൊന്നും ഉപേക്ഷിച്ച് സന്യാസമൊന്നും എടുക്കരുത് കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന മാതേ സങ്കോസ്തു അകർമ്മണി വെറുതെ കർമ്മം ഇട്ടിട്ട് അകർമ്മമായ ബ്രഹ്മത്തിനെ എപ്പോഴേ പിടിക്കാൻ നിൽക്കണ്ട ഇപ്പൊ കർമ്മം ചെയ്യാം കർമ്മം ചെയ്യാതിരിക്കണം എന്നൊരു വിചാരമേ തന്റെ ഉള്ളിൽ വരരുത് പ്രവർത്തിക്കാം പക്ഷെ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് വെച്ചാൽ ഫലത്തിൽ ഇച്ഛയില്ലാതെ ഞാൻ കർത്താവാണെന്നുള്ള വിചാരമില്ലാതെ ശരണാഗതി ഭാവത്തോടെ പ്രവർത്തിക്കുക ഭഗവാനെ അത് വിഷമമല്ലേ എന്ന് പറഞ്ഞു അപ്പോഴാണ് ശാസ്ത്രം പറഞ്ഞു കൊടുത്തത് കർമ്മം എന്തിനു വേണ്ടിയാണ് ഫലത്തിന് വേണ്ടിയല്ല കർമ്മം ഒഴിഞ്ഞു പോയാലേ സമാധാനം ഉണ്ടാവുള്ളൂ എന്നുള്ളത് ബോധിപ്പിച്ചു നമുക്ക് ആ ഒരു കാര്യമേ തെളിഞ്ഞിട്ടില്ല അതാണ് ഈ കർമ്മ നൈഷ്കർമ്മ്യത്തിനെ കുറിച്ച് പറയുമ്പോഴേ പേടി വരുന്നത് അയ്യോ കർമ്മമില്ലാതായി പോവോ ആളുകൾ ദുഃഖത്തിനെ ഉണ്ടാക്കുന്ന സാധനത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് അത് പോകുമോ എന്നുള്ള പേടി പോലെയാണ് നമുക്ക് ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമേ തെളിഞ്ഞിട്ടില്ല നമ്മൾ വിചാരിക്കണം നമ്മളൊക്കെ ഇവിടെ എന്തോ ചെയ്തു മറിക്കാൻ വന്നതാണ് ചെയ്തു മറിച്ചിട്ട് പോണം ഇവിടെ ഒരു നാളെ നമ്മൾ വിചാരിച്ചാലും പലരും പറയണത് ഗീതയിൽ ഭഗവാൻ ഡ്യൂട്ടി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് മഹാ ശ്രീകൃഷ്ണ ഭഗവാന്റെ തലയിൽ വെച്ച ഒരു അക്ഷരയാണത് ഡ്യൂട്ടി ചെയ്യാനാണ് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ അർജുനനോട് പറയണത് എന്താ അറിയോ ഭഗവാൻ അർജുന താം വിചാരിച്ചാൽ പോലും തന്റെ ഡ്യൂട്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിശ്ചയിച്ചാൽ താൻ വേണ്ടെന്ന് വെച്ചാലും പറ്റില്ല അതുകൊണ്ട് ഇവിടെ ഡ്യൂട്ടിയൊന്നും ആർക്കും ഇല്ല സ്വഭാവം പ്രകൃതി പ്രകൃതിയെ വേണ്ട എന്ന് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് പ്രവർത്തിച്ചേ ഒക്കൂ അല്ലാതെ ഡ്യൂട്ടി ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമല്ല പ്രവൃത്തി വാസനയായിട്ട് ഇവിടെ ഉണ്ട് ജ്ഞാനത്തോടുകൂടെ ഞാൻ ചെയ്യണു എന്നുള്ള ഭാവത്തിന് എടുത്തു കളഞ്ഞിട്ട് അതിനെ ഒഴുകാൻ വിട്ടാൽ എടുത്തു കളഞ്ഞിട്ട് ചെയ്യുമെന്നും വേണ്ട അത് ഒഴുകിക്കൊള്ളും അർജുനനോട് ഭഗവാൻ യുദ്ധം ചെയ്യാനൊന്നുമല്ല പറഞ്ഞത് ഭഗവാൻ പറഞ്ഞത് അർജുനൻ ഈ ജ്ഞാനം ഉപദേശിച്ചു കൊടുത്ത് അജ്ഞാനത്തിനെ നീക്കിയാൽ അർജുനൻ സ്വയമേവ യുദ്ധം ചെയ്തതോളൂ അപ്പൊ അർജുനന് ദുഃഖം ഈ യുദ്ധം ചെയ്യാൻ ഒരു തടസ്സമായിട്ട് മമത നിൽക്കുന്നു ആ മമത എടുത്തു കളഞ്ഞാൽ അർജുനനോട് യുദ്ധം ചെയ്യൂ എന്ന് പറയേ വേണ്ട യുദ്ധം ചെയ്യും കാരണം അർജുനന്റെ സ്വഭാവമേ യുദ്ധം ചെയ്യലാണ് അത് മാറ്റി എടുക്കാൻ പറ്റില്ല അപ്പൊ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി ഭഗവാൻ എന്ത് ചെയ്തു യോഗശക്തി കൊണ്ട് ഇത് വാസ്തവത്തിൽ എല്ലാവർക്കും ഉള്ളതല്ല അർജുനന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് യോഗശക്തി കൊണ്ട് കാണിച്ചും കൊടുത്തു ഇനി വരാൻ പോണതൊക്കെ കാണിച്ചു കൊടുത്തു യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റില്ലാന്ന് കാണിച്ചു കൊടുത്തു അർജുനന് സാധാരണ നമ്മൾക്കൊക്കെ ഇപ്പൊ പണിയാണ് കുറച്ചു പേർക്ക് കർമ്മം വലിയ വിഷമമൊന്നുമില്ല അപ്പൊ ചെയ്യാൻ പറഞ്ഞാലും ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ചെയ്യും അടുക്കള പണി വേണ്ടാന്ന് വെക്കില്ല ഓഫീസില് ജോലിയും പലപ്പോഴും വേണ്ടാന്ന് പക്ഷെ അർജുനന് ഈ കൊല്ലണ പണിയാണല്ലോ യുദ്ധമാണല്ലോ അതുകൊണ്ടാണ് അല്പം ഒരു നല്ല ബുദ്ധി വന്നപ്പോ വേണ്ടാന്ന് തോന്നണത് ഭഗവാൻ പറഞ്ഞു അർജുന എത്ര നീചമായ പ്രവൃത്തിയാണെങ്കിലും ചിലപ്പോ ലോകമംഗളത്തിന് വേണ്ടിയാണെങ്കിൽ ചെയ്യേണ്ടി വരും ലോകമംഗളം വേറെ ഒരു വിധത്തിൽ പറഞ്ഞതാ ലോകമംഗളം രാമായണത്തില് താടകയെ കൊല്ലാൻ രാമൻ വല്ലാതെ മടിച്ചു നിൽക്കുകയാണ് സ്ത്രീയല്ലേ സ്ത്രീയുടെ നേരെ എങ്ങനെ അമ്പയും എന്നാൽ അമ്പയ്യാതിരിക്കാൻ വയ്യ കാരണം സാക്ഷാത് വിശ്വാമിത്രൻ മഹാജ്ഞാനിയായ വിശ്വാമിത്രനാണ് പറയണത് രാമാൻ നിൽക്കണ്ട അമ്പയ്യോ രാമൻ അപ്പോഴും പഠിച്ചു അപ്പോഴാണോ ഒരു ധർമ്മം പറഞ്ഞു കൊടുത്തു വിശ്വാമിത്രൻ നിശംസ്യം അനുശംസ്യം വ പ്രജാരക്ഷണ കാരണാത് പാതകം വ വിശേഷം വ കർത്തവ്യം രാജസൂനുന എത്ര പാപമാണെങ്കിലും പാതകമാണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും രാജാവ് അത് ചിന്തിച്ചിരിക്കരുത് പ്രജാരക്ഷയ്ക്ക് വേണ്ടി ചെയ്യണം അതുകൊണ്ട് ചെയ്യൂ അവിടെ ധർമ്മം പറഞ്ഞു കൊടുത്തു ഇവിടെ ഭഗവാൻ പറയണത് എന്താന്ന് വെച്ചാൽ അർജുന തന്റെ ധർമ്മമാണെന്നൊക്കെ ആദ്യമേ പറഞ്ഞു കൊടുത്തു യുദ്ധം ചെയ്യാന്നുള്ള തന്റെ ധർമ്മമാണ് തന്റെ വീട്ടിലുള്ള ഒരു ഡെയിലി തർക്കത്തിനല്ല താൻ യുദ്ധം ചെയ്യണത് ലോകരക്ഷയ്ക്ക് അതുകൊണ്ട് യുദ്ധം ചെയ്യൂ ചെയ്യാതിരിക്കാൻ പാടില്ല തന്നെ വിശ്വസിച്ചാണ് ഇത്ര പേര് നിക്കണത് മാത്രല്ല തന്റെ വാസനയെ ഒഴിക്കണമെങ്കിൽ യുദ്ധം ചെയ്യണം ഇനിയിപ്പൊ അതൊന്നും അല്ലെങ്കിൽ ഞാൻ പറയാം തന്നെ കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യിപ്പിക്കുകയാണ് താൻ ചെയ്തേ ഒക്കൂ താൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇവരൊക്കെ മരിക്കും അത് വിചാരിക്കേണ്ട താനിപ്പോ വില്ലൊക്കെ മാറ്റിവെച്ച് വീട്ടിൽ പോയി ഇരുന്നതുകൊണ്ട് ഭീഷ്മരൊക്കെ നാളെ വീട്ടിലേക്ക് വരും വിചാരിക്കേണ്ട ഇവരെയൊക്കെ കൊന്നിട്ടാണ് ഞാനിവിടെ നിർത്തിയിരിക്കുന്നത് അതാണ് നമ്മൾ ഇന്നലെ കണ്ടത് മയാഹതാഹ ഇവരൊക്കെ ഞാൻ മുമ്പേ കൊണ്ടു കൊന്നിരിക്കുന്നു മയൈവേത്തെ നിഹതാഹ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ ഹേ അർജുന വെറു ഒരു നിമിത്തമായി നിന്നിട്ട് യുദ്ധം ചെയ്യൂ ഇവരൊക്കെ കൊല്ലപ്പെട്ടിരിക്കുന്നു ദ്രോണനും ഭീഷ്മരും ഒക്കെ കൊല്ലപ്പെട്ടിരിക്കുന്നു യുദ്ധം ചെയ്യാം എന്നാൽ കൊല്ലപ്പെട്ടവരെ താൻ വീണ്ടും ഒന്ന് കൊന്നിട്ട് പേര് വാങ്ങിച്ചോളാം തനിക്ക് പേര് കിട്ടട്ടെ തനിക്ക് പ്രസിദ്ധി കിട്ടട്ടെ താൻ ചെയ്തോളാണ് പലപ്പോഴും അങ്ങനെയാണ് ആരെങ്കിലും ഒക്കെ പ്രവർത്തിക്കും എന്നിട്ട് വേറെ ആർക്കെങ്കിലും പേര് കിട്ടും ലോകത്തിലെ എല്ലാ കാര്യവും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വേറെ ആരോ പേര് കിട്ടണത് വേറെ ആർക്കോ ആയിരിക്കും അതേപോലെ സകല പ്രവൃത്തിയും ചെയ്യണത് ഭഗവാൻ അജ്ഞാനം കൊണ്ട് പേര് കിട്ടണത് മനുഷ്യന് ഇയാളാണോ ചെയ്തതോ ഞാൻ ചെയ്തു ഞാൻ ചെയ്തു എന്ന് പറയും ഇപ്പൊ കർമ്മമൊക്കെ ഭഗവാനാൽ ചെയ്യപ്പെടുന്നു ഭഗവാൻ അത് അനുവദിച്ചും തരണൂ എന്നാണ് ഭഗവാൻ പറയുന്നത് വാങ്ങിച്ചുള്ള പേര് എനിക്ക് പേരൊന്നും വേണ്ട ഏറ്റവും വിനയമുള്ള ആളാണ് ഭഗവാൻ അതുകൊണ്ടാണ് ആരുടെയും മുമ്പിലേ വരാതെ ഒതുങ്ങി ഒളിങ്ങിയിരിക്കണത് കാണപ്പെടാത്ത വസ്തുവായിട്ടിരിക്കണത് കാണപ്പെടുന്നതൊന്നും ഭഗവാനല്ല എന്നാണ് വിവേകാനന്ദ സ്വാമികളോടത്ത് പറഞ്ഞു ഏറ്റവും കാണപ്പെടാതെ ഒതുങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ ഭഗവാനായത് അങ്ങനെ ആരും ഒതുങ്ങിയിരിക്കുന്നുവോ അവരും ഭഗവാനാകും അങ്ങനെ ഒതുങ്ങണവരൊക്കെ ഭഗവാനാകും അപ്പോ ഇവിടെ ഭഗവാനും യുദ്ധഭൂമിയിൽ നോക്കുക ഒതുങ്ങിയിരിക്കണം അല്ലെ ആ ഭഗവാൻ ഒതുങ്ങിയിരിക്കുന്ന വസ്തു ഒരു കർമ്മം ചെയ്യണില്ലല്ലോ കൃഷ്ണൻ അർജുനന്റെ രഥം പറയുന്നത് ശരീരമാവുന്ന രഥം അതിൽ അർജുനൻ എന്ന് ജീവൻ അതിനുള്ള അഞ്ചു കുതിരകൾ അഞ്ചു ഇന്ദ്രിയങ്ങൾ ആ കുതിരകളെ കട്ടിയ കയറ് മനസ്സ് ആ കയറിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണൻ യന്വീശ്വരൻ ബുദ്ധി ജ്ഞാനം ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവുദ്ധിം സാരഥി വിധ്യത് മനഃപ്രഗ്രഹമേവ ഇന്ദ്രിയാണി ഹയാഹു വിഷയാസ്തു ഗോചരാൻ ആത്മേന്ദ്രിമനോയുക്തം ഭോക്തേമനീഷിണ ഇവിടെ ഈശ്വരനാണ് നിയന്താവ് ബുദ്ധിയുടെ സ്ഥാനത്ത് സാമാന്യ ആളുകൾക്ക് സാമാന്യബുദ്ധി അർജുനന് സാക്ഷാത് ഈശ്വരൻ ബുദ്ധി ആർക്ക് ഈശ്വരൻ ബുദ്ധിയോ അവരുടെ രഥം ലക്ഷ്യത്തിലെത്തും വിജ്ഞാനസാരഥിരിയസ്തു മനഃപ്രഗ്രഹവാര സ്വോധ്വന പാരമാനോതി തദ്വിഷ്ണോ യദ്ഷ്ണോ പരമം പദം ആരുടെ ബുദ്ധിയുടെ സ്ഥാനത്ത് ഈശ്വരനുണ്ടോ ഗുരുവുണ്ടോ നമ്മളുടെ ബുദ്ധി അൽപ്പബുദ്ധി ആശ്രയിക്കുന്നിടത്തോളം രഥം ശരിയായി എത്തന്റെ അർത്ഥത്തിൽ കുരുക്ഷേത്ര ഭൂമിയിൽ ധൃതരാഷ്ട്രയുടെ മക്കളും പഞ്ചപാണ്ഡവരും കണ്ണില്ലാത്ത ആളുടെ മക്കൾ നൂറ്റിക്കണക്കിന് ആശകളാണ് ഈ കൗരവർ കണ്ണില്ലാത്തവൻ എന്ന് വെച്ചാൽ അജ്ഞാനി എന്നർത്ഥം പറഞ്ഞുകൊടുത്താലും മനസ്സിലാകാത്തവൻ അജ്ഞാനി ധൃതരാഷ്ട്ര ജീവനാണ് ധൃതരാഷ്ട്രം അജ്ഞാനിയായ ഒരു ജീവനാണ് ധൃതരാഷ്ട്രം സ്വയം കണ്ണു കാണില്ല ആ അജ്ഞാനിയായ സ്വയം ഒരാൾക്ക് കണ്ണ് കണ്ടിട്ടില്ലെങ്കിലും ഭാര്യ കൂടെ സഹായിക്കാനുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുപോവാനുണ്ടെങ്കിലെങ്കിലും ശരിയായ വഴിക്ക് പോവാം പക്ഷെ വഴി കാണിച്ചു കൊടുക്കേണ്ട ഭാര്യയും എന്തോ ഒരു അപധർമ്മത്തിൽ കണ്ണുകെട്ടി എന്നുവെച്ചാൽ ജീവന് ബുദ്ധി നന്നായിട്ടുണ്ടെങ്കിൽ ബുദ്ധി വഴി കാണിച്ചു കൊടുക്കും ആ ബുദ്ധിയും അന്ധമായി അപ്പോ ആ അന്ധമായ ബുദ്ധിയോടുകൂടിയ അജ്ഞാന ജീവന് ജനിക്കുന്ന നൂറ്റിക്കണക്കിന് ആശകളാണ് ഈ കൗരവരം ആ നൂറ്റിക്കണക്കിന് ആശകൾ എന്ത് ചെയ്യും നിരന്തരം ദേവതാസ്ഥാനത്തിൽ നിന്നും ജനിച്ച ഇന്ദ്രിയങ്ങളെ ഓരോ ഇന്ദ്രിയങ്ങളും ഓരോ ദേവതകളിൽ നിന്ന് ജനിച്ചതാണ് ദേവതാസ്ഥാനത്ത് നിന്ന് ജനിച്ച അഞ്ച് ഇന്ദ്രിയങ്ങളാവുന്ന പാണ്ഡവരെ നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കും നിരന്തരം ദ്രോഹിച്ചുകൊണ്ടിരിക്കും ആ പഞ്ച് സഹായത്തിനായി സാക്ഷാത് ഈശ്വരൻ ബുദ്ധി രൂപത്തിൽ കൃഷ്ണനായിട്ട് കൂടെ നിൽക്കുമ്പോ ജ്ഞാനം ജ്ഞാനമാണ് കൃഷ്ണൻ അദ്വൈതജ്ഞാനമാണ് കൃഷ്ണൻ അവർക്കേർപ്പെടേണ്ടി വരുന്ന യുദ്ധമാണ് കുരുക്ഷേത്രം കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിൽ അവസാനം എന്തു സംഭവിച്ചു എന്ന് വെച്ചാൽ കൌരവരും മുഴുവൻ നശിച്ചു പാണ്ഡവ സൈന്യവും മുഴുവൻ നശിച്ചു എന്നുവെച്ചാൽ ശുഭവാസനകളും ഒഴിഞ്ഞുപോയി അശുഭവാസനകളും ഒഴിഞ്ഞുപോയി അപ്പോഴേ ജീവൻ മുക്തിയാവുള്ളൂ ഏതെങ്കിലും ഒരു വാസന ബാക്കിയുണ്ടെങ്കിൽ ദുഃഖമാണ് അപ്പൊ ശുഭവാസനയും വീങ്ങി അശുഭവാസനയും വീങ്ങി ഇതിനൊക്കെ മുഴുവൻ താത്വികമായിട്ട് വ്യാഖ്യാനിക്കും എല്ലാം എന്നിട്ട് ഈ കുരുക്ഷേത്ര ഭൂമിയിൽ വരുമ്പോ ദുര്യോധനൻ ആദ്യം തന്നെ പറയേണ്ട നമ്മളുടെ സൈന്യം പതിനൊന്ന് അക്ഷൗഹിണി പടയാണ് കൗരവർക്കുള്ളത് പാണ്ഡവർക്കോ ഏഴ് അക്ഷൗഹിണിപ്പട എത്രയോ ലക്ഷം കുറവ് എന്നിട്ടും ദുര്യോധനൻ പറയണത് അപര്യാപ്തം തത് അസ്മാകം ബലം ഭീഷമാഭിരക്ഷിതം പര്യാപ്തം തുതമേതാം ബലം ഭീമാഭിരക്ഷിതം അതായത് ദുര്യോധനം പറയണത് നമ്മളുടെ സൈന്യം പതിനൊന്നുണ്ടായിട്ടും ദുര്യോധനന് അപൂർണം തോന്നുന്നു എന്നാണ് അപര്യാപ്തം ഇവരുടെ ഏഴക്ഷണി ഉണ്ടായിരുന്നുണ്ട് പൂർണ്ണം തോന്നുന്നു എന്താ കാരണം എന്ന് വെച്ചാൽ പൂർണ്ണമായ ഒരു വസ്തു അവിടെ ഇരിക്കണം അതൊന്നും ചെയ്യില്ല ഒരു പ്രവൃത്തിയും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന പൊരുൾ എവിടെ ഉണ്ടോ അവിടെ അൽപ്പസ്വല്പം ദ്രവ്യങ്ങളൊക്കെ കുറവാണെങ്കിലും പൂർണ്ണം ആ വെറുതെയിരിക്കുന്ന പൊരുൾ എവിടെ ഇല്ലയോ അവിടെ എത്ര ദ്രവ്യങ്ങൾ കൂടുതലുണ്ടെങ്കിലും അപൂർണം അതാണ് ഇത്രയൊക്കെ അതാണ് പലർക്കും പണമുണ്ട് കാറുണ്ട് പ്രതാപമുണ്ട് സ്ഥാനമാനങ്ങളുണ്ട് എന്നിട്ടും പോരാ പോരാ പോരാ പൂർണ്ണമല്ല അപൂർണ്ണമായിട്ട് തോന്നുന്നു കംസനും രാവണനും ഹിരണ്യ എന്തിന്റെ കുറവാ പക്ഷെ പൂർണ്ണമായിട്ട് തോന്നണില്ല കുജേല ബ്രാഹ്മണം പറയണു പൂർണ്ണമായിട്ട് സമൃദ്ധം അംബരീഷ് ചക്രവർത്തിക്കും സമൃദ്ധം എന്താന്ന് വെച്ചാൽ അവർക്ക് എന്തുണ്ടായാലും ഇല്ലെങ്കിലും നിശ്ചലമായ ആ വസ്തുവിനെ കൂട്ടിച്ചേർത്തതോടുകൂടെ പൂർണ്ണമായി ആ ഒരു വസ്തു ഏതിന്റെ കൂടെ കൂട്ടിച്ചേർത്താലും അതൊക്കെ പൂർണ്ണമാകും ആ ഒരു വസ്തുവിനെ കൂട്ടിച്ചേർത്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും നിൽക്കും ദുര്യോധനന് ഇത്രയും ഉണ്ടായിരുന്നിട്ട് അപൂർണം കാരണം ഈ ജ്ഞാനത്തിനെ കൂട്ടിച്ചേർത്തില്ല ഇവർക്ക് അല്പം കുറവായാലും പൂർണം ജ്ഞാനത്തിനെ കൂട്ടിച്ചേർത്തു ജ്ഞാനം എന്താണ് ഞാൻ കർത്താവല്ല ഞാൻ ഭോക്താവല്ല എന്നുള്ളത് ആരിലുണ്ടോ അവർ സർവതാ വിജയിക്കും ഭാഗവതത്തിൽ ഇതിന് ഒരുപാട് തെളിവുണ്ട് മഹാബലിയെ ഇന്ദ്രൻ തോൽപ്പിച്ചു തോൽപ്പിച്ചു വിട്ടു അമൃതം കുടിച്ചിട്ട് എന്നിട്ട് കൊന്നിട്ട് അയക്കും അയച്ചാൽ കുറച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് വരും എന്താണെന്ന് വെച്ചാൽ ശുക്രാചാര്യെ ജീവിപ്പിച്ചു അവസാനം മഹാബലിയുടെ മുമ്പ് നിൽക്കാൻ പറ്റാതെ ഇന്ദിരൻ വിറയ്ക്കാം മഹാബലിയെ കണ്ടാലേ എന്തോ ഒരു പേടി തോന്നുന്നു ഇന്ദിരൻ ഒക്കെ അമൃതം കുടിച്ചിട്ടുണ്ട് ദേവരാജാവാണ് ഒക്കെ വാസ്തവം പക്ഷെ മഹാബലിയെ കണ്ടാ പേടി തോന്നുന്നു അപ്പോ ഗുരുവായ ബൃഹസ്പതിയെ വിളിച്ച് ഇന്ദിരൻ ചോദിക്കും എന്താ കാരണം ഈ മഹാബലിയുടെ അടുത്ത് എന്ത് സീക്രട്ടാ ഉള്ളത് ഒരു കാരണവുമില്ലാതെ അയാളെ കാണുമ്പോ എനിക്ക് പേടി തോന്നുന്നുവല്ലോ എന്ന് ചോദിക്കും അപ്പൊ ബൃഹസ്പതി പറയും ഇന്ദിര ഒരേ ഒരു സീക്രട്ടേ ഉള്ളൂ ഇതില് ശിഷ്യായ ഉപപ്രതം തേജ ഭൃഗുഹി ബ്രഹ്മവാദിബിഹി ബ്രഹ്മവാദിയായ ശ്രീശുഖ ശുക്രാചാര്യര് മഹാബലിക്ക് ബ്രഹ്മതത്വം ഉപദേശിച്ചു കൊടുത്തു ആ ബ്രഹ്മതത്വം നല്ലവണ്ണം ഗ്രഹിച്ച് ഞാൻ കർത്താവല്ല ഭോക്താവല്ല സർവേശ്വരനാണ് എല്ലാത്തിനും പുറകില്ലെന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് ഒരിക്കലും തോൽക്കണില്ല അഹങ്കാരമുള്ളവനാണ് തോൽക്കണത് എപ്പോഴും അഹങ്കാരമുള്ളവൻ തന്നോടെ തോറ്റു തന്നോടാരു തോറ്റോ അവനെ മറ്റുള്ളവരോടും തോൽക്കുള്ളൂ തന്നോട് തോൽക്കാത്തവൻ ലോകത്തിൽ ആരോടും തോൽക്കില്ല തന്റെ മനസ്സിനോട് ആരു തോറ്റോ അവൻ ലോകത്തിൽ സർവത്ര തോൽക്കും തന്നോടാരു ജയിച്ചോ അവൻ ലോകത്തിൽ സർവത്ര ജയിക്കും ഇപ്പിതാ ഈ മഹാബലി തന്നോട് ജയിച്ചിട്ടാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവന് ജയിക്കാൻ പറ്റാത്തത് എന്നാൽ നിങ്ങളും എനിക്ക് ഗുരുവല്ല എനിക്ക് ഉപദേശം ചെയ്ത് തരുമെന്ന് പറഞ്ഞാൽ മഹാബലിയെ പോലെ ശ്രദ്ധയില്ല എന്ത് ചെയ്യാൻ പറ്റും ഉപദേശിച്ചാലും എത്തില്ല വേഷം കെട്ടി നടക്കാൻ പറഞ്ഞു കുറച്ചു കാലം ഒളിഞ്ഞു താമസിക്കാൻ പറഞ്ഞു എന്നിട്ടാണ് മഹാവിഷ്ണുവിനെ വിളിച്ച് വാമനനെ വിളിച്ചുകൊണ്ടുവന്നു വാമനനായി ഭഗവാൻ വന്നു മഹാബലിയോട് ചോദിച്ചു ശുക്രാചാര്യർ പറഞ്ഞു വിഷ്ണുവാണ് വന്നിരിക്കണത് ഒക്കെ കൊണ്ടുപോകും പറഞ്ഞു മഹാബലി പറഞ്ഞു വിഷ്ണുവാണെന്ന് വെച്ചാൽ എന്താ ഒക്കെ കൊടുക്കാം സർവവും കൊടുക്കാം വിഷ്ണുവിന്റെ അല്ലേ ഇതൊക്കെ എന്റെ ഒരു തെറ്റിദ്ധാരണയെ എനിക്കില്ല ഈ ശരീരമടക്കം ഈ രാജ്യമടക്കം സർവസ്വവും ആ കാലസ്വരൂപനായ ഭഗവാന്റെയാണ് എന്റേതെന്ന് പറഞ്ഞു ഒന്നുമില്ല എന്ന് പറഞ്ഞ് സർവസ്വവും വാമനമൂർത്തിക്ക് അർപ്പിക്കുമ്പോ മഹാബലി പറഞ്ഞു ത്വം അസുരാണാം നഹ പാരോക്ഷ്യ പരമോ ഗുരു ത്രിവിക്രമനായിട്ട് അങ്ങനെ വളർന്നു നിൽക്കുമ്പോ ഭഗവാനോട് മഹാബലി പറയണത് പ്രഭോ അവിടുന്ന് ഞങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു വലിയ ഗുരു എന്താന്ന് വെച്ചാൽ എല്ലാം ഞങ്ങളുടെയാണ് ഈ വസ്തുക്കളൊക്കെ ഞങ്ങളുടെയാണെന്ന് ധരിച്ചിരിക്കുന്ന അസുരന്മാർക്ക് നിങ്ങളുടേതായിട്ട് ഒന്നുമില്ല ഞാൻ തരുണു എപ്പോ വേണമെങ്കിൽ ഞാൻ ഇതൊക്കെ എടുക്കും എന്നങ്ങ് കാണിച്ചു ഒരു കാലത്ത് അങ്ങ് തന്നെ ഈ സമൃദ്ധിയൊക്കെ എനിക്ക് തന്നു ഇപ്പൊ ഇത് അങ് തന്നെ പറിച്ചുകൊണ്ടുപോയി അവസാനം മൂന്നാമത്തെ അടിക്ക് സ്ഥലം എവിടെയാന്ന് ഭഗവാൻ ചോദിച്ചു കാരണം ഭഗവാൻ വസ്തുക്കൾ മാത്രം പോലെ കൊടുക്കണ ആളും വേണോ ഭഗവാൻ രമണ മഹർഷിയോട് പോൾ ബ്രിൻഡൻ ചോദിച്ചു ...should I not ഷുഡ് ഐ നോട്ട് ഗിവ് അപ്പ് ഓൾ മൈ പ്രൊസഷൻസ് എന്ന് ചോദിച്ചു എന്റെ വസ്തുക്കളെയൊക്കെ ഞാൻ വിടണ്ടേ ഉപേക്ഷിക്കണ്ടേ അപ്പൊ മഹർഷി പറഞ്ഞു ദ പ്രൊസസർ ടു ആ വസ്തുക്കളെ മാത്രം ഉപേക്ഷിച്ചാ പോരാ ഉപേക്ഷിക്കണവനെയും ഉപേക്ഷിക്കണം ആ കർത്തൃത്വവും ഉപേക്ഷിക്കണം മഹാബലിയെ അതാണ് മൂന്നാമത് ഭഗവാൻ പിടിച്ചത് മൂന്നാമത്തെ അടി എവിടെയും ചോദിച്ചപ്പോ മഹാബലി പറഞ്ഞു ഇനിയും തരാത്തൊരു വസ്തു കൊണ്ട് എന്നെ തന്നിട്ടില്ല ഇപ്പൊ തന്ന വസ്തുക്കളൊന്നും എന്റെ അല്ല വെറുതെ അജ്ഞാനം കൊണ്ട് എന്റെ ധരിച്ചു അത്രേയുള്ളൂ അതൊക്കെ തന്നിരിക്കണം തന്നെയും കൊടുത്തു അപ്പൊ ഭഗവാൻ പറയണു ഹേ വീര നീ ജയിച്ചിരിക്കണോ മായേ കാരണം മനുഷ്യൻ ഓരോ വസ്തുക്കളിലായി കയറി പിടിക്കും പണത്തിൽ കയറി പിടിക്കും അപ്പൊ ഭഗവാൻ പറയണത് അവൻ പണത്തിൽ പിടിച്ചാൽ അവനെ അനുഗ്രഹിക്കണം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ പണം അപ്പ അവന്റെ കയ്യിൽ നിന്ന് പറിച്ചോണ്ട് പോകും അപ്പൊ അവനെ മക്കളോട് ആസക്തിയാവും അപ്പൊ മക്കളെ പറിച്ചുകൊണ്ടുപോകും അപ്പൊ അവിടെ ഇരുന്ന് കരയും ഭാര്യയോട് ആസക്തിയാവും അപ്പൊ ഭാര്യയെ അകറ്റും അവിടെ ഇരുന്ന് കരയും പേരു പുകൾ പ്രസിദ്ധി സ്ഥാനമാനങ്ങളോട് ആസക്തിയായാൽ അതിനെ പറിച്ചുകൊണ്ടുപോകും ഇതൊക്കെ ഭഗവാൻ പറയണതാ ഭാഗവതത്തിൽ എം അനുഗൃഹാമി ബ്രഹ്മൻ യമനുഗൃണാമി തദ്വിഷോ വിധുനോമ്യഹം ബ്രഹ്മാവെ ഞാൻ ആരെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ ബ്രഹ്മാവിനോടാണ് പറയണത് ഞാൻ അവരുടെ വസ്തുക്കൾ ഏതേത് വസ്തുക്കളെ അവർ തന്റേതെന്ന് കരുതി പിടിച്ചുകൊണ്ടിരിക്കണോ അതിനെയൊക്കെ പറിച്ചുകൊണ്ടുപോകും പറിച്ചുകൊണ്ടു പോകുമ്പോഴാണ് അവർ ഇരുന്ന് കരയുക അപ്പോഴാണ് അവർക്ക് മനസ്സിലാവായിരുന്നു വാസ്തവത്തിൽ നമ്മളുടെ അല്ല അജ്ഞാനം കൊണ്ട് നമ്മളുടെ എന്ന് കരുതിയതാണത് പോയിരുന്നു അവസാനം ഭഗവാൻ പറിച്ചുകൊണ്ടുപോണത് എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിത്വം ഞാൻ എന്ന് പറഞ്ഞു ഒന്ന് ഉണ്ടെന്നുള്ള ധാരണ അതും പറിച്ചുകൊണ്ടുപോയാൽ പരിപൂർണ്ണ അനുഗ്രഹം പക്ഷേ മഹാബലിക്ക് അതിന്റെ ആവശ്യമൊന്നും വേണ്ടി വന്നില്ല സർവസ്വവും സ്വയമേവ് കൊടുത്തു അർപ്പിച്ചു ഭഗവാന്റെ മുമ്പിൽ താൻ ആരുമല്ല തന്റേത് ഇല്ല എന്ന് അറിഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു ഇനി പേടിക്കണ്ട ഇങ്ങനെ സർവസമർപ്പണം ചെയ്ത ആ ശരീരത്തിനെ രക്ഷിക്കേണ്ട ചുമതല എന്റെയാ തന്നെ ഞാൻ രക്ഷിക്കും തന്റെ കൂടെ ഞാൻ ഉണ്ടാവും കൂടെ നടക്കും താൻ എന്നെ കാണും തന്നെയും തന്റെ കൂടെയുള്ളവരെയും രക്ഷിക്കും എന്നാണ് രക്ഷ്യേ സർവതോഹം സാനുഗം സപരിച്ഛതം സദാ സന്നിഹിതം വീര തത്രമാം ദ്രക്ഷ്യസേഭവാൻ ഈ ഒരു തത്വമാണ് ഇവിടെ അർജുനനെയും ബോധിപ്പിക്കുന്നത് താൻ ആരുമല്ല തന്റെ വസ്തുക്കളും ഇവിടെ ഇല്ല തന്റെ കർത്തൃത്വവും ഇല്ല അങ്ങോട്ട് ചെയ്യുക ഉത്തിഷ്ട യശോലഭസ്വൻ ഇവരാരും തന്റെ സ്വന്തക്കാരൊന്നുമല്ല താൻ കർമ്മം ചെയ്യുന്ന ആളുമല്ല കർത്താവുമല്ല ഭോക്താവുമല്ല തന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുകയാണ് ഇതറിഞ്ഞ് ഒരു ഇൻസ്ട്രുമെന്റായിട്ട് പ്രവർത്തിച്ചാൽ തനിക്ക് ദുഃഖമേ വരില്ല തന്നെ ഞാൻ രക്ഷിക്കും അപ്പോ എന്നിട്ടാണ് ഈ കാലപുരുഷനായി ദർശനം കൊടുത്ത് സകല പ്രവൃത്തിയും താൻ ചെയ്യുന്നതായിട്ടും സകലതും തന്റെ നിയന്ത്രണത്തിലാവുന്നതായിട്ടും കൌരവന്മാര് മുഴുവൻ നശിക്കുന്നതായിട്ടും എല്ലാം വിഴുങ്ങുന്നതായിട്ടും ഒക്കെ കാണിച്ചു കൊടുത്തു അർജുനൻ നമ്മൾ ഇന്നലെയൊക്കെ അത് കണ്ടു ഇതൊക്കെ കണ്ട് ഭയന്ന് അർജുനൻ വീണ് നമസ്കരിച്ചു നമസ്കൃത്വാ ഭൂയേവാഹ കൃഷ്ണം സഗദ്ഗതം ഭീതഭീത പ്രണമ്യ പേടിച്ചു വിറച്ചു എന്നാണ് അത്ര ധീരനായ അർജുനനും വേടിച്ചു പറച്ചു കാരണം മുമ്പില് കാളപുരുഷനെ കണ്ടു എന്നിട്ടാണ് അർജുനൻ സൂദിക്കുന്നത് അർജുനോ വാചാ സ്ഥാന ഋഷീകേശതമ പ്രകീർത്തഹൃഷ്യനുരജ്യത്തെ ചാംസി ഭീതോദ്രവന്തേ നമസ്യത്തി സിദ്ധസാ കസ്മാനേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോ ആദിക്ത്രേ അനന്ത ജഗൻനിവാസ ക്ഷരം സദസത്തത് പരം റമാതി പുരുഷ പുരാണ ത്മസ്യ പരം നിധാനം വേദ്യം ചരം ചധാമ യാതമനന്തൂ വായുമോനിവരുണ ശശാപതി ന് പ്രതാമഹ നമോ നമസ്തേസ് സഹസ്രകൃത്തൂയോ നമോ നമസ്ത നമ പുരസ്ത പൃഷ്ടസ്തേ നമോസ്തു തേദിവസ അനന്തവീര്യാമിത വിക്രമസ്ത്വം സർവം സമാപ്പുനൂഷി തോസി ഭഗവാനെ അവിടുത്തെ എല്ലാരും സ്തുതിക്കുന്നു സ്ഥാനേ ഋഷീകേശ തവപ്രകീർത്തിയാ ജഗത്പ്രഹർഷ്യതി അനുരജ്യതേച്ച് സജ്ജനങ്ങള് ഭഗവാനാണ് പ്രപഞ്ചത്തിന്റെ സകല എന്ന് കണ്ട് ഭക്തി ചെയ്യുന്നു ഭക്തി ചെയ്യുമ്പോ പ്രഹർഷ്യതി അനുരഞ്ജ അനുരജ്യത്തെച്ച് ഉള്ളില് പ്രഹർഷം ആനന്ദമുണ്ടാവുന്നു അനുരഞ്ജനം സന്തോഷമുണ്ടാവണം കർമ്മത്തില് താൻ കർത്താനുള്ള ഭാവം ഇല്ലാന്ന് മാത്രമല്ല ജീവിതം മുഴുവൻ സർവേശ്വരനെയെ ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെ ഇഷ്ടമായ ഏതെങ്കിലും ഒരു ഭാവത്തിൽ ആ ഭഗവാന് പ്രത്യേക ഒരു രൂപമൊന്നുമില്ല പക്ഷെ എല്ലാ രൂപവും ഭഗവാന്റെ രൂപമാണ് അതുകൊണ്ട് നമുക്ക് ഏത് ഭാവത്തിലാണോ ഇഷ്ടം ഏത് ഭാവത്തിലും ഭഗവാനെ ആരാധിക്കാം അവരവർക്ക് ഏതേത് ഭാവത്തിൽ ഭഗവാനെ ഇഷ്ടമോ അതാത് ഭാവത്തിൽ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് പ്രഹർഷ്യതി അനുരഞ്ജത സന്തോഷിക്കുന്നു ആനന്ദിക്കുന്നു ജീവിതം മുഴുവൻ ഭക്തി ചെയ്യുന്നവൻ ആനന്ദിക്കുന്നു ഭക്തി കൊണ്ട് ആനന്ദമുണ്ടാവുന്നു എന്നാലോ ഈ രഹസ്യമറിയാതെ ഞാനാണ് കർത്താവ് ജീവിതം മുഴുവൻ എന്റെ കയ്യിലുണ്ട് ഞാൻ ഇഷ്ടം പോലെ ചെയ്യും എന്ന് വിചാരിക്കുന്നവരാണ് രാക്ഷസന്മാര് അതാണ് രക്ഷാംസി ഭീതാനി ദിശോദ്രവന്തി എന്ന് പറയുന്നത് ഈ കാലപുരുഷന്റെ കയ്യിൽ പെട്ടിട്ട് അവസാന രക്ഷസുകൾ പേടിച്ചു പറയ്ക്കും രണ്ടിനും ഉദാഹരണം ഭാഗവതത്തിലുണ്ട് ഒന്ന് മഹാബലിയും മറ്റേത് ഹിരണ്യകശിപൂ മഹാബലിയുടെ മുമ്പിലും ഹിരണ്യകശിപുവിന്റെ മുമ്പിലും രണ്ടുപേരുടെ മുമ്പിലും ഒരേ കാലപുരുഷനാ വേണ്ടത് വന്നത് രണ്ടു വേഷത്തിൽ ഒന്ന് വാമനായിട്ട് വന്നു ഒന്ന് നരസിംഹമായിട്ട് വന്നു മഹാബലി കണ്ട ഉടനെ കാലപുരുഷനാണെന്ന് അറിഞ്ഞ് നമസ്കരിച്ചു ശരണാഗതി ചെയ്തു ഹിരണ്യകശിപ്പു കാലപുരുഷനാണെന്ന് അറിഞ്ഞ് ജയിക്കാനായി എടുത്തു ചാടി മൂനം വിഷ്ണുഹു അയം നിഹന്യ അമും എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ വാളുമെടുത്തുകൊണ്ട് ചാടിയപ്പോ കാലം പിച്ചിച്ചീന്തി കളഞ്ഞു പക്ഷേ മഹാബലിയോ ശരണാഗതി ചെയ്തതുകൊണ്ട് മഹാബലിയെ സിംഹാസനത്തിലിരുത്തി കാവൽ നിന്നു ഭഗവാൻ അപ്പോ ശരണാഗതി ചെയ്യുന്നവർക്ക് ആനന്ദവും പ്രപഞ്ചത്തിന്റെ പ്രവർത്തന നിയമത്തിനെതിരെ പോകുന്നവർക്ക് ദുഃഖവും ആ ഭഗവാന്റെ ഇച്ചപ്പടിയാണ് ബ്രഹ്മാതിദേവതകൾ സൃഷ്ടിയാദി കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഗരീയസേ ബ്രഹ്മണോപി ആദികർത്തേ അനന്തദേവേശ ജഗന്നിവാസ ത്വമ സദസ തത്പരം യത്ത് ഹേ അനന്തദേവേശ ദേവന്മാർക്കൊക്കെ ദേവനായ ഭഗവാനെ ജഗന്നിവാസ ജഗത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഭഗവാനെ ജഗത്തനെ സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ചിരിക്കുന്നവനാണ് ജഗന്നിവാസൻ തത്സൃഷ്ട തദേവാണ് പ്രാവിശ്യത് സദസ തത്പരം യത് അങ്ങ് നശിക്കാത്ത വസ്തുവാണ് അക്ഷരമാണ് സത്വം അസത്തുമാണ് അതിനധിഷ്ഠാനമായിട്ടുള്ള വസ്തുവുമാണ് ത്വമാതിദേവ പുരുഷ പുരാണ ശരീരത്തിൽ ആത്മാവുമായിട്ടുള്ള വസ്തുവാണ് പുരാതന വസ്തുവാണ് ഇപ്പോഴും നവം നവമായിട്ടുള്ള വസ്തുവാണ് അതാണ് പുരാണം എന്നുള്ള വാക്കിനർത്ഥം പുരാതനം അധുനാഭി ആ പുരാതനമായ വസ്തുവാണ് വിശ്വത്തിന്റെ അധിഷ്ഠാനമാണ് അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും അറിയാൻ ആശ്രയമായിട്ടുള്ള അധിഷ്ഠാനവും അങ്ങാണ് വേത്താസി വേദ്യം ചെ പരം ചെ ധാമ ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ഈ പ്രപഞ്ചം അറിയപ്പെടുന്നത് വേദ്യം ഇതിനെ അറിയുന്നവൻ ഞാൻ എന്റെ കരണങ്ങൾ കൊണ്ട് അറിയുന്നു കണ്ണ് മനസ്സ് മുതലായ കരണങ്ങൾ കൊണ്ട് അറിയുന്നു ആ വേ േത്ത ആ വേത്താവിനും അധിഷ്ഠാനമായിട്ട് നിശ്ചലമായ ബോധം നിശ്ചലമായ ബോധത്തിലാണ് ഒരു ജീവത്വഭാവന പൊന്തി വന്ന് പ്രപഞ്ചമായി രൂപം കൂണ്ടു മുമ്പിൽ വിരിഞ്ഞു നിൽക്കുന്നത് അപ്പൊ ഈ ജീവനും പ്രപഞ്ചത്തിനും അധിഷ്ഠാനമായിട്ടുള്ള നിശ്ചലമായ ബോധം അത് നിധാനം വേത്താസി വേദ്യം ച പരം ചധാമ ആ നിധാനത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ത്വയാതം വിശ്വമനന്തരൂപ ആ ഉള്ളിലുള്ള നിശ്ചലമായ ശിവനെ കണ്ടെത്തിയാൽ ആ ശിവൻ തന്നെയാണ് ശക്തി രൂപത്തിൽ വിരിഞ്ഞു നിൽക്കണതെന്ന് മനസ്സിലാവും ആ ശിവന്റെ അനിർവചനീയമായ ഒരു വൈഭവം തന്നെയാണ് ശക്തിയായി പുറമേക്ക് വിജൃംഭണം ചെയ്തിരിക്കണതെന്ന് മനസ്സിലായാൽ ശിവൻ തന്നെയാണ് ശക്തിയും അപ്പോ ശിവൻ വേറെയല്ല ശക്തി വേറെയല്ല ഈ ചലിക്കപ്പെടുന്ന പ്രപഞ്ചവും അതിനെ ഗ്രഹിക്കുന്ന മനസ്സും ബുദ്ധിയും ഒക്കെ അതിനധിഷ്ഠാനമായ ബ്രഹ്മം തന്നെയാണെന്ന് പിടികിട്ടിയാൽ ീ മനസ്സിന് ചലിച്ചാലും ആരെയൊക്കെ കണ്ടാലും എവിടെയൊക്കെ പോയാലും എന്തിനെയൊക്കെ ചിന്തിച്ചാലും എല്ലാം അനന്തമായി ബ്രഹ്മത്തിന്റെ ഉള്ളിലുള്ള ഒരു ചലനം ഒരു സമുദ്രത്തിൽ അലയടിക്കണ പോലെ നിശ്ചലമായ ആ മനസ്സ് എന്ന് പറയുന്ന അനിർവചനീയമായ ചിദ്വിലാസ ശക്തി ഇങ്ങനെ കിടന്ന് കളിക്കണമോ അത്രേ ഉള്ളൂ ഒന്നും പ്രശ്നമല്ല എപ്പോഴാണോ ഈ തത്വം പിടികിട്ടിയത് അതോടെ ഇനി ധ്യാനമൊന്നും വേണ്ട പ്രത്യേക യോഗപരിശീലനം ഒന്നും ഒന്നും വേണ്ട മനസ്സ് എന്ന് പറയുന്ന വസ്തു തന്നെ നിശ്ചലമായ ബോധത്തിൽ പൊന്തി വരുന്ന ഒരു ചിദ്വിലാസ ശക്തി അതിങ്ങനെ കിടന്ന് കളിക്കണോ ഒന്നും ഒരുവിധത്തിലും ദ്രോഹിക്കില്ല ആനന്ദമല്ലാതെ വേറൊന്നുമില്ല അങ്ങനെ ത്വയാതം വിശ്വമനന്തരൂപ വായുർ യമോ അഗ്നി വരുണശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹ വായുവും യമനും അഗ്നിയും വരുണനും ചന്ദ്രനും പ്രജാപതിയും പ്രഭിതാമഹനായ ബ്രഹ്മാവും എല്ലാരും പിതാമഹനും പ്രഭിതാമഹൻ വെച്ചാൽ ബ്രഹ്മാവ് ബ്രഹ്മാവിന് മേലെയുള്ള ആളെ എല്ലാരും നമോ എല്ലാരും അവിടുന്ന് തന്നെയാണ് അവിടുന്ന് അല്ലാതെ വേറെ ആരുമില്ല അവിടെ നമോ നമസ്തേസ്തു അങ്ങേക്ക് നമസ്കാരം ഒരിക്കലല്ല അനേകവട്ടം സഹസ്രകൃത്വ ആയിരക്കണക്കിന് നമസ്കാരം പുനഃശൂയോപി നമോ നമസ്തേ ഭഗവാനെ അറിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നാമാനിക്കൃത്വ അഭിവദൻ ഗതാസ്തേ അഭിവദിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ടിരിക്കുക എന്നല്ല അത് പിന്നൊന്നും ചെയ്യാനില്ല അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും രൂപത്തിലും ഭഗവാനെ നമസ്കാരം ഈ ശ്രീരുദ്രം മുഴുവൻ നമസ്കാരമാണ് ഭഗവാൻ ഏത് ഭാവത്തിൽ വന്നാൽ നമസ്കാരം ഇപ്പൊ അർജുനൻ പേടിച്ചു ഭഗവാൻ ഉഗ്രമായിട്ട് അങ്ങനെ നിന്നപ്പോ ആഖ്യാഹിമേ കോൻ ഉഗ്രൂപോ എന്ന് പറഞ്ഞു രുദ്രത്തിലെ ഋഷി പറഞ്ഞു നമസ്തേ രുദ്രമന്യവ ഉഷവേന ഭഗവാനെ അങ്ങയുടെ കോപത്തിന് നമസ്കാരം ഉഗ്രമായ ഭാവത്തിന് നമസ്കാരം എല്ലാ ഭാവത്തിനും നമസ്കാരം കാരണം ഏതു വേഷം കെട്ടിയാലും എന്റെ അച്ഛനാണ് ഈ രൂപത്തിൽ നിൽക്കണതെന്ന് അറിയാം ഏതു വേഷം കെട്ടിയാലും പരമേശ്വരനാണ് ഈ ഭാവത്തിൽ നിൽക്കണതെന്നറിയാം ആരോടും ഉദ്ദേശ്യപ്പെടാൻ ആരെ കണ്ടു ഭയപ്പെടാൻ അങ്ങ് കോപിച്ചാലും പരമേശ്വരനാണ് അങ് ഏത് രൂപത്തിൽ വന്നാലും പരമേശ്വരനാണ് ഒരാൾ വീട്ടിലേക്ക് ആക്കാൻ വന്നു അപ്പൊ ഋഷി കെട്ടിപ്പിടിച്ചു പറഞ്ഞു തസ്കരാണാമ്പതേണമ കള്ളന്മാരുടെ രൂപത്തിലും കള്ളന്മാരുടെ നേതാവായിട്ട് വന്നിരിക്കുന്നതും ഭഗവാനെ അവിടുന്നാണ് അവിടുന്നല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ല എല്ലാം ആകാശത്തിൽ കാണുന്ന ചന്ദ്രൻ ഭഗവാനെ അവിടുത്തെ സ്വഭാവം സ്വരൂപം നമസ്സോമായ എല്ലാം ഭഗവാൻ ഭഗവാനല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്ന് അറിഞ്ഞപ്പോ പുനശ്ശഭൂയോപി നമോ നമസ്തേ എല്ലാവിധത്തിലും നമസ്കാരം ഉദ്ധവ ഉദ്ധവരുടെ കഥ ഞാൻ അവിടെ ഇത്തിരി വിട്ടുപോയി ഉദ്ധവർ ചോദിച്ചു ഭഗവാനോട് ഭഗവാനെ ഈ യോഗമൊന്നും പറ്റില്ല ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ഭഗവാനോട് യോഗികളൊക്കെ ക്ലേശിക്കുന്നത് കാണുന്നു എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു ഉദ്ധവാ തനിക്ക് ഞാനൊരു വഴി പറഞ്ഞുതരാം എല്ലാവരെയും ബ്രഹ്മം എന്ന് കണ്ടാ മനസ്സിൽ ഇപ്പൊ അതിനെന്താ വഴി വെച്ചാൽ വിസർജ്യ സ്മയമാനാൻസ്വാൻ ദൃശം വ്രീഡാ ച ദൈഹികീം പ്രണമേത്ത് ദണ്ഡവദ്ധൂമൗ ആശ്വചണ്ടാളഗോഖരം ബ്രാഹ്മണേ പുൽക്കസേ സ്തേനേ ബ്രഹ്മണ്യർക്കേ സ്ഫുലിംഗകെ അക്രൂരേ ക്രൂരകേ ചെയ സമദൃക് പണ്ഡിതോമത അവസാനമായി ഭഗവാൻ കൊടുത്തൊരു ടാബ്ലറ്റാണ് ഭഗവാൻ പറഞ്ഞത് പ്രത്യേകിച്ച് തനിക്ക് ബന്ധമുള്ള ബന്ധുക്കളോടുള്ള ആസക്തിയൊക്കെ അങ്ങോട്ട് വിട്ടിട്ട് സ്നേഹ വൃഷം ദൃശം വ്രീഡാംച്ച ദൈഹിക്കും ലജ്ജയൊക്കെ വിട്ടിട്ട് ശരീരാഭിമാനമൊക്കെ വിട്ടിട്ട് പ്രണമേത് ദണ്ഡവത് ഭൂമൗ ദണ്ഡനമസ്കാരം ചെയ്യുക ആർക്കാന്ന് വെച്ചാൽ കുതര കഴുത ആശ്വചണ്ടാള ഗോഖരം ശ്വാവെന്ന് വെച്ചാൽ നായ ചണ്ടാളൻ വെച്ചാൽ കഴുത എന്തൊക്കെ വന്നാലും അതിനെയൊക്കെ ബ്രഹ്മം എന്ന് കണ്ട് പരമാത്മാ എന്ന് കണ്ട് നമസ്കരിക്കുക ഒരു മഹാത്മാവ് ഇതിനർത്ഥം പറയുമ്പോ അദ്ദേഹം പറഞ്ഞു ഗുരുവായൂരപ്പം കൊടും ക്രൂരതയാണ് ഉദ്ധവരോട് ചെയ്തതെന്ന് എന്താണെന്ന് വെച്ചാൽ നൂറ്റി ഇരുപത് വയസ്സായ ആളോട് നമസ്കരിക്കാൻ പറഞ്ഞാലേ ഇപ്പൊ പത്താറുപത് വയസ്സാവുമ്പോഴേക്കും തന്നെ ഇടുപ്പുവേദനയും ഒക്കെ ആയിട്ട് വന്ന് നമസ്കരിക്കാൻ വയ്യ നൂറ്റി വയസ്സായ ആളോട് നമസ്കരിക്കാൻ പറഞ്ഞാൽ എത്ര വിഷമം എന്താണെന്ന് വെച്ചാൽ രണ്ടു മൂന്ന് പ്രാവശ്യം തോന്നും എല്ലാം ബ്രഹ്മമാണെന്ന് പിന്നെ നമസ്കരിക്കേണ്ടത് ഇത് ഉണ്ടാവണവരെ വേണ്ടു ഈ നമസ്കാരമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെ നമസ്കരിക്കും നിസ്തുതിഹീനി നമസ്കാരം പ്രത്യേകിച്ചുള്ള നമസ്കാരം ഒന്നും വേണ്ട എല്ലാരിലും ആ ഭഗവാനാണുള്ളത് അപ്പൊ ഇത് ഉണ്ടാവാനാണ് സർവത്ര നമസ്കാരം ഇപ്പൊ അർജുനന് അതാണ് ആ കണ്ടപ്പോ വികാരഭരിതനായി പുനശഭൂയോപി നമോ നമസ്തേ വീണ്ടും വീണ്ടും നമസ്കരിക്കുക എവിടെയൊക്കെ എന്ന് വെച്ചാൽ നമുപുരസ്ഥാദ് അങ്ങയുടെ മുമ്പില് നമസ്കാരം നമപൃത അവിടുത്തെ പുറകെ നമസ്കാരം പൃഷ്ഠത്തിലെ നമസ്കാരം നമോസ്തുതേ സർവതയേവ സർവ അങ്ങക്ക് എല്ലാ ദിക്കിലും നമസ്കാരം അനന്തവീര്യാമിത വിക്രമഹാത്വം അങ്ങയുടെ വീര്യത്തിന് ഒരളവില്ല അങ്ങയുടെ വിക്രമത്തിനും ഒരളവില്ല അങ്ങ എന്തൊക്കെ ചെയ്യും ഒന്നും പറയാൻ വയ്യ എന്തും ചെയ്യാൻ ശക്തൻ എന്തും നടത്താൻ ശക്തൻ സർവജ്ഞൻ സർവവിത് സർവാന്തര്യാമി അതുകൊണ്ട് അങ്ങയ്ക്ക് സർവത്ര നമസ്കാരം സർവം സമാപ്നോഷി എല്ലാത്തിനെയും അസ്തമിപ്പിക്കും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കും തതോസി സർവഹ സർവവ്യാപി അതുകൊണ്ട് അങ്ങയ്ക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് ഭഗവാനോട് ഒരുപാട് സ്വാതന്ത്ര്യമെടുത്ത് ഹേ കൃഷ്ണ എന്റെ സകാവേ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടേ അതിനൊക്കെ അർജുനൻ മാപ്പുചോദിക്കുകയാണ് ഞാൻ എന്തൊക്കെ അങ്ങേ വിളിച്ചു സകേതിമത്വാ പ്രസഭം ഹേ കൃഷ്ണ ഹേ യാധവയേ സകേതി ഭാഗവതത്തില് കൃഷ്ണൻ ലോകം വിട്ടുപോയപ്പോ അർജുനൻ കരയുന്നുണ്ട് അവിടെ പറഞ്ഞു അർജുനനെ ഭഗവാൻ വിളിച്ചതിനെയൊക്കെ അർജുനൻ ഹേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദനേതി സഞ്ചൽപിതാനി നരദേവ ഹൃദി ഹൃദയം മമ മാധവ കൃഷ്ണൻ വിട്ടുപോയപ്പോ അർജുനൻ കരയുണ്ട് ഭഗവാൻ അർജുനനെ എന്തൊക്കെ വിളിച്ചുവെന്നാണ് ഹേ പാർത്ഥ ഹേ അർജുന ഹേ സഖേ കുരുനന്ദനേതി സഞ്ചൽപ്പിതാനി നരദേവ ഹൃദി സ്പൃശാനി സ്മർത്തു ലൂഢന്തി ഹൃദയം ഹൃദയം മമ മാധവ ഹൃദയത്തിനെ വേദനിപ്പിക്കുന്നു ഇപ്പൊ ചിന്തിക്കുമ്പോഴൊക്കെ വേദനിക്കുന്നു ഭഗവാൻ എന്നെ പാർത്ഥ അർജുന സഖേ ഗുരുനന്ദന എന്നൊക്കെ തോളിൽ കൈയിട്ട് ലാളിച്ച് ലാളിച്ച് വാത്സല്യത്തോടെ വിളിച്ചതൊക്കെ ഞാൻ ഇപ്പോ ഓർക്കണു അർജുനൻ ഇവിടെയും പറയാണ് സഹേതിമത്വാ പ്രസവം യുക്തം വെറൂരു കൂട്ടുകാരനാണെന്ന് കരുതി ഞാൻ എന്തൊക്കെ പറഞ്ഞു ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഹേതി അജാനതാ മഹിമാനം തവേദം മയാ പ്രമാദാത് പ്രണയേന വാപി ഭഗവാനെ ഞാൻ അഹങ്കാരം കൊണ്ടാണങ്ങനെ പറഞ്ഞതോ അഥവാ ഒരു പ്രേമം കൊണ്ട് എന്തും പറയാം എന്നുള്ള സ്വാതന്ത്ര്യത്തോടെ കൂടെ പറഞ്ഞു എനിക്കറിയില്ല അതാണ് പ്രമാദാത് പ്രണയേനവാപി എങ്ങനെയാണെന്ന് അറിയില്ല പ്രണയം കൊണ്ടാണെങ്കിൽ സഹിക്കാം അഹങ്കാരം കൊണ്ടാണെങ്കിൽ അത് ക്ഷമിക്കാൻ പാടില്ലാത്തതാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് എങ്ങനെയാന്ന് എനിക്ക് തന്നെ അറിയില്ല അജാനത അജ്ഞാനദശയിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു യച്ഛാവസാർത്ഥം അസത്കൃതോസി വിഹാരശയ്യാസന ഭോജനേഷു ഏകോഥവാ അച്ഛ്യുതത്സമക്ഷം തക്ഷാമേ ഹമ്രമേയം എന്ന് പറഞ്ഞ് ഇനിയുള്ള അർജുനന്റെ ക്ഷമായാചന ശ്ലോകങ്ങളൊക്കെ നമ്മൾ നാളെ കാണാം ഓ ശംഭോ മഹാദേവദേവ ശിവശംഭോ മഹാദേവദേവേഷേശംഭോ ശംഭോ മഹാദേവദേവാലനം ബ്രദ്കിരീടം ോദഗ്ധപഞ്ചേഷു കീടം ശൂലഹതാരതികൂട്ട ശുദ്ധവക്േന്ദുചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേവാ ശിവംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവദേവ അംഗേ വിരാജുജംഗ്രഗംഗാതരംഗാഭിരാമോത്തമാകാരടീകുരംഗം സിദ്ധസംസേവിതം ഭജേമാർഗന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവ നിിന്ദശേഷോകേശ വൈരി പ്രതാ കാ കത്തഗേന്ദ്രചാസം ഭജേ ദിവ്യസന്മാർബന്ധു ശംഭോ മഹാദേവേവാ ശിവംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവേവാ കണ്ടർപ്പർപ്പഘ്നമീശം കാളകന് മഹേശം മഹാവ്യോമകേശം കുന്ജം കോട്ടിസൂര്യ പ്രകാശം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേവഹേശ ശംഭോ ശംഭോ മഹാദേവേവ ൂതേരുദാരം മന്ദാഗേന്ദ്രസാരം മഹാഗൗര്യൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേവാ ശിവംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവേവാ सर्वे േ പി സുഖിന് സു സന്തുരാമയാേ ഭദ്രാ പശ്യൻ മാ കിത് ദുഃഖഭാഗ് ഭവത് കാചാ മനസേന്ദ്രിർ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാത് കൂടി യത് സകലംബരസ്മൈ നാരായത് സമർപ്പമ